കൊറേ മഹത്വത്തവിടെ വരുന്നുണ്ട് താവിൽ കുറെ മഹദൂറാത്ത വേണമെന്നത് പറയുന്ന നമ്മുടെ മുഖത്തു നോട് വിളിക്കുന്നു ന്റെ പോലും നമ്മളെ സമ്മതിച്ചതാണ് ഏത് ലൌഖാനും ഹാദിത്തന്നെ മുഖമും സമ്മതിച്ചതാണ് ഈ മുക്കന്ദിനെ തുടർന്ന് ലക്കാന മുദൂർ സ്ഥാനിയെ സാദിഖെന്നലിയാണ് ഈ താലി മുക്കദ്മും താഴും തമ്മിൽ ലാജ്യമാണല്ലോ അല്ലെ ഈ താഴ്ക്ക് കുറേ കുഴപ്പങ്ങളുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ മുക്കദ്മോ കുഴപ്പം വെച്ചും വിരൂന്ന് നമുക്കെതിരെ കൊണ്ടുവരുന്നത് പോളെ താലിക്ക് കാണുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് എല്ലാ താഴെ ലക്കാന മുതൂന്ന് സ്ഥാനി ലേ എന്നുള്ളതാണ് താലി ഈ താലിക്ക് പഴപ്പം കിട്ടുന്നവർ പറയും അല്ലെ എന്താ ഈ സാധിത്തനേഹി എന്ന് പറഞ്ഞില്ലേ ഇത് കണ്ടുള്ള മുദത്ത് എല്ലാ ഒരു ഒരു മുദത്വില്ലാതെ കണ്ട് സാധിക്കെന്നാണോ എല്ലാ മുദത്തോടു കൂടി സാധിക്കാനാണ് രണ്ടാണെന്ന് പറയുന്നത് മുത്തത്താണുക രണ്ടാമത് പറഞ്ഞല്ലോ അല്പം തന്നെ മുത്തനായി ആണോ വയറുമുത്തനായി ആണോ അപ്പൊ മൂന്ന് ഇഷ്കാരം എന്നോട് കൊണ്ടുവരുന്നു അതിനുമുണ്ട് നീ സാധിച്ചിട്ടെന്ന് പറഞ്ഞ ഇരുമുണ്ടല്ലോ സാധിച്ചപ്പോ ഇത് കായിച്ചു എത്ര കണ്ട് സാധിച്ചു യാതൊരു തെയ്യും കണക്കും ഇല്ലാതെ അച്ഛല്ലാതെ എന്നാണോ എല്ലാ മുതത്ത് വെച്ചുകൊണ്ടാണോ മുത്തത്ത് വെച്ചുകൊണ്ടാണെങ്കിൽ മുത്തനായി ചേർത്ത് ഒരു പരിമിതമായ അളവ് വെച്ചുകൊണ്ടാണോ എല്ലാ പെരുമിതി കൊണ്ടാണോ ഒരു ചോദ്യം മൂന്നിന് മഹദൂർ ഉണ്ടെന്ന് അവർ പറയും ശേഖര വൈല്ലേ സാബി കാല്ലാവിദ്യമാണ് വൈലഎന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് ഒരു മുക്കത്തൊമ്പത് കാര്യം വൈദ്യൻ്റെ ഉള്ളിൽ വൈല എന്ന് പറഞ്ഞാൽ അര ആയിക്കഴിഞ്ഞാൽ ആദി സംബന്ധിച്ചു ഞാനം ഇപ്പോലെ തന്നെ ആദി കാവേണ്ടി വരും അറിഞ്ഞാലാണല്ലോ സംബന്ധിച്ചല്ലേ അല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെന്താക്കി ഉത്തരമുണ്ട് വൈലാന്റെ മുഖത്തുമുണ്ടായി മധുജീവീപിപ്പിച്ചു വല്ല വരുന്ന എന്താർത്ഥം സത്യങ്ങളെ സാധിച്ച ആവാത്തപക്ഷം അവർന്നു വെച്ച ആവാത്തപക്ഷം കാനഹാബി സം ആലമിനെ പോലെ തന്നെ ആദി ആവേണ്ടി വരും ആദി താബ് കാണുന്നുണ്ട് സർവസമ്മതമായിട്ട് മഹാലാണല്ലോ അതിലെ അപ്പം സാധ്യതയിട്ട് വേണം വീണ്ടും അപ്പൊ ഒരു മുഖബമുണ്ട് ഒരു താലിയുണ്ട് താലിന്റെ ജവാബിൽ പറയുമ്പോ തന്നെ വൈകിട്ട് വെച്ചിട്ട് ഒരു മുക്കബ്ദം ഒരു താലി കൊണ്ട് അണ്ട് വധവീയത്തിലേക്ക് തീട് പിടിച്ചിരിക്കും ആ അപ്പൊ സാധ്യത പോണമല്ലേ പൊയ്മ ആ സാധസികൾ ദഹി മൊത്തത്തിൽ ഒന്ന് അപ്പൊ തനാക്കുള അത് തനാക്കുളം തനാക്കുളം എന്ന് പറഞ്ഞാൽ താറക്യ സെന്തുറ മുഴുവൻ മുട്ടത്തില്ലാന്ന് പറയും ധനാക്കുള മുൻകിടന്നു അല്ലേ അപ്പൊ മുട്ടത്തില്ലാതെ മുൻകിടന്നു അപ്പൊ മുട്ടത്തിൽ പോകാൻ സംഭവിച്ചു അല്ലെ صادق يترد إلا نوع نواجهي. نعم. مدت رقم بعد النور جوديان أو مدت متناهية متناهية مدتانو أو غير متناهية ألا غير متناهية مدتانو. متناهية لنده نوريا فهي إلسام اللي ابتداء. ابتداء يجب أن يكون لازمان يكون لإرمي. عمي. عمي. عمي. عمي. صادقيني. ابتداء. ابتداء يتقصر موايكي ينعي. അതിമ സാധിക്കാൻ പോയൊരു ആദ്യ കായി മാറും അതൊക്കെ അതും മാറാറുണ്ടോ ൂറ് വെള്ളം പറ ആനവിനകത്താണ് നൂറ് കൊള്ളം മുമ്പാണ് സാധിക്കാതിലുള്ളത് എന്ന് മുത്തനാലേക്ക് അപ്പൊ നൂറ് വെള്ളത്തിന്റെ വരെ ജപ്പാൻ നൂറ് വെള്ളത്തിന്റെ അപ്പുറമാണ് ആരുള്ളത് സാധനുള്ളത് അല്ലേ അപ്പൊ നൂറ് വെള്ളത്തിന്റെ അങ്ങനെ ഇഷ്ടം ഇഷ്ട വന്നു കഴിഞ്ഞാൽ ആ ഇട്ടുതാവിന്റെ മുമ്പ് അത് മരുന്ന് കണ്ടി വരികയാണ് ആദിക്കേണ്ടി വരികയാണ് അത് പോയി അപ്പൊ രണ്ടെണ്ണം പാട്ടിലായ രണ്ടെണ്ണം പാത്തിലായി പക്ഷേ മൂന്നാം പാത്ര എത്തി മഴ ഗൈറുമുട്ടനാനിയേ അല്ലെ വയറുമുട്ടനാഗിയായ മുദത്ത് വെച്ചിട്ട് സാധിക്കാറുണ്ട് അല്ലേ അപ്പൊ ചോദിക്കും ഈ എന്നുള്ളത് ഒരു മൊഴിതായ സാധനല്ലേ മുദത്തിന്റെ അർത്ഥം എന്താ കാലയളവ് അപ്പൊ കാലയളവ് ആലയിൽപ്പെട്ട ജിദ്ദാണല്ലോ അപ്പൊ കാലയളവ് എന്നുള്ളത് ആലയിൽപ്പെട്ട ജിദ്ദല്ലേ അപ്പൊ അദ്ദേഹം പറയുന്ന ആലമ ആലമെന്ന് തോന്നുന്നു അപ്പൊ അവനാ മൂന്ന് എസ് എം രണ്ടെണ്ണം പറഞ്ഞില്ല ഒന്ന് ധനാസുതും പറഞ്ഞു ഒന്ന് ഇഷ്ടത്താൽ ഒരു ദിവസം വന്നേക്കൊന്നും പറഞ്ഞിട്ട് തള്ളി അവൊരു അയർ മുതനാഹിയാവോ ഫലാ യഖുറജു അപ്പോ കൈച്ചറാവുല അൻ തിലമി അലമി ആലമിന തിലമിന തട്ട് കൈച്ചല്ലാനേ ജീദാണ് നമ്മ പറൈകളൊക്കെ നിങ്ങൾ എട്ടീല്ല ഓർ പറയുന്നു നീ തൈച്ചറാവുല തിലമണ്ട് കണ്ടുകൊണ്ട് കൈച്ചറാവുല എന്നുള്ള ഇതിന്റെ അർത്ഥം നീ അന്ന തീക്കൽ മുദ്ദത നിങ്ങൾ പറഞ്ഞ ഖൈറു മുതനാഹിയ മുദ്ദത്തു എന്ന് പറഞ്ഞതൊന്നും അത് നീയി നമ്മരൊക്കെ ഖൈറു മുതനാഹിയാവോ അലം ഖദീമൻ അത് ഖദീമായ ആലമാണ് അവരുടെ പള്ളത്തിലേക്ക് കാലം കവിയുമ്പോൾ വാദം ഇപ്പോൾ സംബന്ധിച്ചു എല്ലാം ആ ആ ബുദ്ധത്തിൽ ഇണ്ടെന്ന് വരും കാലവും കവിയും കവിയുമായ മറ്റൊരു ആരംഭിണ്ടെന്ന് വരും എന്താ അയാൾ നമ്മുടെ വാദത്തിൽ ഇല്ലെന്ന് അതിന് മറുപടി ആദ്യം മറുപടി എന്ന് നിങ്ങളെ കിടമിന്ന് സമാനിയും ദാത്തിയുമായി രണ്ടു വഴി വെച്ചിട്ടുണ്ട് നിങ്ങളെ കിടമു സമാനം എന്ന് പിടിച്ചോണ്ട് ഈ സംസാരം മുഴുവൻ കിലമു സമാനം നമ്മൾക്കില്ല പിന്നെ കിഴിന് വെച്ചുകൊണ്ടുള്ള കിടമുണ്ടല്ലോ നമ്മൾ കിടമുണ്ടാ അതാണ് നമ്മൾ അതിനെ ഹരിയാക്കിയത് പിന്നെ കിടമുദ്ദാത്തിയെ ഉള്ളോ കിടമു സമാനം നമ്മൾക്കില്ല എന്ന് പറഞ്ഞാൽ പൊക്കത്തൊന്നും അറിഞ്ഞുവെച്ചത് നിങ്ങൾ ഈസ്കാലിന്റെ മറുപടി ഇങ്ങനെ ഓർക്കട്ടെ ഇന്ന ഹാത ഈ പറഞ്ഞ വാദം ജാകും അവർക്ക് വന്നത് മിഞ്ചാലി തക്കത്തുമി ജമാനിയെ തക്കത്തുമു ജമാനിയാക്കിക്കൊണ്ടുള്ള ചർച്ച എന്നാണെന്നത് മനഹലിനൊക്കെ പോലും നമ്മള് പറയുന്നത് ആകാത്തക്കത്തുമ്പോൾ ആ തക്കത്തുമ്പോ മാത്രമേ അല്ലാത്ത ആരാക്കുള്ളൂ ഞാൻ നിങ്ങൾ ജമാൻ കൊണ്ട് ഒരു ധൈര്യം ഇല്ലാകില്ല എത്ര ഇത്ര കാലം എല്ലാം പറഞ്ഞിട്ടും തക്ക ദമാനം വരാ പോലും ഇത് അലിൻസ ഇതെന്താ അടുത്ത മത്തിലിലേക്ക് കയറാനുള്ള ഒരു ഒരു കദ്യം ഒരു പാ പറയുന്നുണ്ട് നീ അറിഞ്ഞപ്പോൾക്കല്ലിന്റെ മേലിലും വാജിബാണ് അതായത് ഒന്നാമത്തെ വരിയിൽ കൂടി അറിഞ്ഞത് ഈ വാജിബായ ആദിഫത്തിലേക്ക് ചേർക്കുന്ന തരീഖും നീ അറിഞ്ഞു അതായത് ആല മഹാദീസാണ് താങ്കറുണ്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി ആ രണ്ട് മുക്കദ്മയിൽ നിന്ന് എടുത്തതാണ് അത കൊടുത്തിക്കൊടുത്തോതി അൽവുജോദ് എന്നത് കൊണ്ടുള്ള വസ്തു എന്നുവെച്ചാൽ ആ വസ്തു പറയാൽ അൽവുജ്യോതി എന്നൊരു വസ്തു വേണമെങ്കിൽ അതായിരിക്കേ ഉള്ളൂ അത് മിംവാജി വാതിൽ മഹബൂദായ അള്ളാഹു സുബാനുഭവത്തായാലുള്ള വാജിബായ സിഫത്തിൽ പെട്ടതാകുന്നു ആ വാജിബാസിൽ തേച്ചു ഇരുന്നല്ല അതിൽ പെട്ടത് പെട്ടത് ഇനിയും പറയാണ്ട് അപ്പൊ വസ്തുവോട്ട ഉദ്ദേശം സാധാരണ എന്താ ഇനി ഒന്ന് വസ്തു പറയൽ എന്ന് വഴിക്ക് മസ്തരിയാവാനും അറിയില്ല വിശേഷണം പറയൽ ചിലപ്പോണ്ടാകും വസ്തു സിദ്ധിക്കൽ ബസ് ഒഴിയോനായാലുണ്ടല്ലോ ഒരു പുറം സിഫത്ത് ഇങ്ങനെ മൂന്ന് മേനാക്ക പ്രയോഗിക്കുന്നുണ്ട് ബസ് അത് ഓരോ എന്ന് വെച്ചാൽ ഓരോ സിബത്താണ് അങ്ങനെ വെപ്പിയാണെങ്കി എന്താ ഈ വയലം പാലം നീ അറിയണം എന്ത് കൊണ്ടുള്ള സിഫത്ത് അൽബുജ്യോതി എന്ന സിഫത്ത് കൊണ്ടുള്ള സിഫത്ത് അൽബുജ്യോതി എന്ന സിഫത്ത് ബാധി ഭയാനുവേണ്ടിയിട്ടുള്ളത് മുജൂദ്നെയല്ല സിബത്ത് അപ്പൊ എന്ന സിപത്ത് അല്ല മുജോത് എന്ന സിപത്ത് കൊണ്ട് മൊത്ത സിപ്പവാൽ രണ്ടർത്ഥം അല്ല അൽബുജോദ് എന്നത് കൊണ്ട് പറയൽ അപ്പൊ നമ്മടെ നമ്മുടെ പണിയെ അഞ്ഞൂറാക അവിടെ വസ്തു എന്നത് കൊണ്ട് വിട്ടു സാധനം നൂത്ര കൊടുത്തത് ഇനി മേലും രണ്ടർത്ഥം കൊടുക്കാം അതിലെന്ന് പറഞ്ഞാലോ ഇത്തിസാ എന്ന മാന പറഞ്ഞതുപോലെ ഉദ്ദേശിക്കപ്പെടാൻ വേണ്ട വസ്തുണ്ട് അസിഫത്തിനെയും ഉദ്ദേശിക്കാം അസിപ്പത്തും ഉദ്ദേശിക്കാം വാഗം എന്താ വന്നാലോ ഏ വസ്തു എന്ന് പറഞ്ഞാൽ സിഫത്ത് അപ്പൊ അസിഫത്തും ബിസിഫത്തിൽ മുന്നൂറിഞ്ഞാൽ അർത്ഥം കിട്ടലേ അപ്പം ബാഗെന്താക്കണം ബാഗാക്കണം അപ്പൊ എന്താ സിഫത്ത് എങ്ങനെയുള്ള സിഫത്ത് എന്നതായ സിഫത്ത് അഹമ്മദ് അതിൽ നിന്ന് അൽഫത്ത് അല്ല സിഫതാണ് ഏതാ സിഫത്ത് അൽ മുപ്പസറു അപ്പൊ അൽ എന്തുകൊണ്ട് എന്നതുകൊണ്ട് തക്സീറ പറയാൻ പറ്റുന്ന സിബത്ത് ഏതാണോ ആ സിഫത്ത് ബാനമാനീം വാജിപാത്തിൽ അള്ളാഹുവിന്റെ വാജിബാത്തിൽ പെട്ടതാകുന്നു അത് ഞാൻ വഹിക്കൂ എവിടുന്ന് കാര്യത്തിന്റെ മോളിൽ നോക്കൂ പോണല്ലോ അങ്ങനെയല്ല പല്ലെന്ന രീതിയുള്ളൂ ആ അതുകൊണ്ട് അതാദീൻ വാജിപാണ് വാലിം തടിയക്കൽ മൂസില എന്ന വർണ്ണാറേതാ ബഹുബഹദൂഫലം ആണ് രണ്ടാം പടിയിൽ പറഞ്ഞത് അല്ലേല ഇവിടെ അഫലം എന്ന ഊപ ഇബാഹത്തിൽ എന്തിനാണ് ഖുറാനിലോ ഫലമെന്നുല അല്ലല്ലാന്നല്ലേ അഫലം എവിടെ പറഞ്ഞു അവിടെ എല്ലാം അഖേലിയായിട്ട് ഇബാറത്തായിരിക്കുന്നത് ദുറും ഒരു മനസ്സിലാക്കലോ ഒരു ധാരണയിൽ മക്കലോ ഒന്നും പോരാ അഖീലിയായിട്ട് ഉറപ്പിച്ചിരിക്കണം ഫലം അന്ന ഉലായിലാഹില്ലല്ലല്ലോ അത് ഖുറാനിലോ അദീസിലോ ഫാലം എന്ന് പറഞ്ഞാൽ അവസ്ഥയെത്തിനാണ് എന്റെ മക്കാൻ ദുറും അറിയൽ എന്നുള്ളൊരു അമ്മല്ല വെറും തസ്മീ ആയിക്കിയാലും അറിയല്ല വെറും ശ്രദ്ധയിൽപ്പെടുത്തിയാലും പറയാന ഫാനം ഭാഷാപരത്തിന്റെ വനാക്കളുടെ ഫാനമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അക്ബർ അബിൻ എന്ന വിഭാഗത്തെ നമ്മുടെ ഈ പന്നിൽ മതിയാക്കപ്പെടാൻ വെച്ചൂല എന്തുകൊണ്ടോ തീ കുട അബിൾ ഇൽമല്ലാത്ത വെറുതെ ഈ കുടാം വെറും മെന്നോ വെറുമോ ശെക്കോ വെറും ഒരു കസംബോറോ അതുകൊണ്ടൊന്നും മതിയാക്കിയാൽ പോരാ ഭാഷാർത്ഥത്തിന് ഇതെല്ലാം ഇൽമിന്റെ ഭാഗങ്ങളാണ് എന്തെങ്കിലും ഒരു കാലം മത്സ്യോറി കിട്ടിയ ഇൽമയിൽ ഭാഷയിൽ തസമറോ തസ്തിക്ക് എന്തുമായ മതിയല്ല നമുക്ക് ഇവിടെ അത് മതിയാവൂലീയായി എൽമ തന്നെ വേണം എന്നതിനൊക്കെ സൂചനയാണ് അതുകൊണ്ട് ഇൽമെന്ന് പറഞ്ഞാൽ എന്താ ഹുൽ ജിതുമുണ്ടാകണം ഇതുമുണ്ടാകുമ്പന്തെല്ലാം പോയി ും പോയി ബഹുമ്പെറും തസ് തസമ്പൂറും പോയി തസംബുറും ചസ്മുഖീനേ ഇല്ല ഷെക്കിന് ഇങ്ങനെ കടന്നു കളിക്കുന്നുണ്ട് അതുകൊണ്ട് എടുത്തോണ്ടു ലന്നിലായെന്ന അവസരത്തിൽ മറുവർഷം ഒരു ബഹുമാടെ ബാക്കിയിട്ടുണ്ടാവും പൂർണ്ണമാകുന്നില്ല എഴുപത്തഞ്ചായാലും പൂർണ്ണമാകുന്നില്ല അപ്പൊ ലന്നെ പറ്റൂലാണെങ്കിൽ പിന്നെ ബഹുമൊട്ടും പറ്റൂലല്ല ഷക്കിനാണിതായാലേ മാറ്റുകൊണ്ടിരുന്നത് പിന്നെ അൽ മുസാബിഖ് ഒലി അൽ ഹക്കെന്നല്ല വാക്കം കൊണ്ട് പോയി ജഹ്ലു പുറത്തുപോയി പത്സപ്പക്കാർക്കുണ്ടല്ലോ ആലം കഥീമാണെന്ന് വേർക്ക് വമ്പിച്ച ശേഷം അല്ലേ അല്ലെ പിന്നെ ഈസന്നഭി അന്നു പോലെ ഒന്ന് സലീബിൾക്കും ഉണ്ടല്ലോ ഉറച്ചു വിശ്വാസല്ലേ പക്ഷെ ബാക്കിയോട് തീരല്ല പത്സപ്പക്കാർക്ക് തനിച്ച കളവരാൾ വിശ്വസിച്ച് പിന്നെ അൻ മൂജിബിൻ എന്ന് പറഞ്ഞ തെരയിലാണ് വണ്ടവന്നിട്ടുണ്ട് ഇതിനുണ്ടാക്കി തീർക്കാൻ ഒരു മോചിപ്പ് പോകണം ഒന്നിക്ക് നൌൂരി ആയിരിക്കണം അല്ലെ നഗരിയാവണം ലഹൂരിയാണെങ്കിൽ പിന്നെ തന്നെ ആ ലഹൂർ തന്നെയാണ് അതിന്റെ മൂജിപ്പ് ആ എൽമിനെ ഉണ്ടാക്കി തീർച്ചാൽ മോചിപ്പ് കൊണ്ടപ്പോ നതിരിയാണെങ്കിലും ബലിര് പോകണം അപ്പൊ പറഞ്ഞിട്ടുണ്ട് എല്ലാം കിട്ടാതെ ചിട്ട് പോകുന്നില്ല ഒന്നും പഴവ് തീർക്കലില്ല ഒന്നും ഇല്ല അത് എന്ന് പറഞ്ഞാൽ ജസ്മു പോകണം മൊത്താപൊരു ആക്കായിരിക്കണം മൂചിപ്പാകുന്ന ബലീലും പോണം ഇത് മൂന്ന് ഷർത്തും കൂടെ അത്താലേ ഇൽമിന്റെ ഒപ്പാമിൽ എത്തുള്ളൂ ആലോചിക്കും അപ്പൊ തക്ക രീതി പോയി പാനം എന്ന് പറഞ്ഞ് നീ അറിയുവാന്ന് പറഞ്ഞ ആരാടായി നീ ആരാണെന്ന് ആരോക്കും അത് മുക്കല്ലഫി എല്ലാ മുക്കല്ലഫിനോട് വന്നു എല്ലാ മുക്കല്ലഫുകളെ നിങ്ങളു എല്ലാരെയും പറയണ്ടേന അപ്പൊ മായന എന്തായി ഈജിൻ ഏറ്റകാലക്ക വസതികൾ എതിലർത്ഥം പാനം എന്നതിലർത്ഥം എതിരും ഏറ്റിക്കാതൊക്കെ ഏറ്റിക്കാത് ജാതിമാക്കി വെച്ചോ തസീഖ് മാസിക്കോ എന്നർത്ഥത്തിലാണ് ഫലം പിന്നെ വലമ്മ കാലത്ത് മബായിബ് മാഗൽ തന്നി അത് പുതി തുറക്കാം എന്താണെന്ന് വെച്ചാലോ അനാക്ക് വാജിബിഫക്ക് വാജിബ് മുസ്തഹീദ് ജായിസ് പിന്നെ കമുറ മഹ്സിസാബ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അതിങ്ങനെ പറഞ്ഞു പോയിരുന്നു അപ്പം ആദ്യം അള്ളാഹു താലാന്റെ വാജിബ് തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് അള്ളാഹാരെ കൊണ്ട് തുടങ്ങാനുള്ള കാരണം ഒന്ന് ആ തുടങ്ങുമ്പം തന്നെ വാജിബ് കൊണ്ടെങ്കിലും അവര് ജാതി കൊണ്ട് തുടങ്ങാമായിരുന്നില്ലേ അത് പറയുന്നത് വെച്ചാൽ ഒന്നും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കണം അതുകൊണ്ട് അള്ളാഹിനെ തുടങ്ങാം പിന്നെ സിഫാത്തിൽ നിന്ന് വാജിബ് മുസ്തലീനും ജാജിസും കൂടെ വെച്ചാൽ കൂടുതൽ ശക്തിയുള്ളവരേതാണ് വാജിബല്ലേ അപ്പൊ അള്ളാഹു താലാഖ് വാജിബിനെ കൊണ്ട് തുടങ്ങാൻ അന്യായം അതെയത് നമ്മുടെ ഈ ഫലിന്റെ ചർച്ചകളായപ്പോൾ തലാസൻ മൂന്ന് ഒന്ന് ഇലാഹിയാത്ത് രണ്ട് ലബമിയാത്തുണ്ട് മൂന്നാത്ത് എന്താ ഇലാഹിയാത്തു എന്ന് പറഞ്ഞാൽ വെറുതമായ താല്പാഹി അല്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇലാഹിയാത്തു എന്ന് പറയും അത് ചില മലയിൽ കൊടുത്തേ കൂട്ടിന് കാരണം അത് നമുക്ക് ഈ തസ്വന് കുറിച്ചിലല്ല ഈ ഭൗതിക വ്യവസ്ഥ അല്ല അതുകൊണ്ട് അത് വാതില് ജാഗമൊസ്ലാമിയില് മൂന്നെന്താണ് നമവാത്തോ ബാറ്റൊക്കെ ബില്ല് അമ്പിയായി അമ്പ്യാങ്കളുമായി ബന്ധപ്പെട്ട മിമ്മാജിപുലമുമായി സഹിമമായ മോന സംസ്ലിങ്ങൾ മൃഗം നമുക്ക് അറിയിക്കുന്ന ചില കാര്യങ്ങൾ ആന ബുദ്ധിക്കാണ് പ്രത്യേകത എന്ന് പറയാനില്ല സാധവാലമുണ്ട് എന്താ തെളിവ് നമ്മൾ പറഞ്ഞുകൂടെ അമ്പ്യാ വർത്തകങ്ങൾ പറഞ്ഞാവുന്നതാണ് ഇല്ലെങ്കിൽ എന്താ അതുമ്പോ പറഞ്ഞുണ്ടോ അപ്പൊ അക്കുലുമായിട്ട് വന്ന പത്ത് കൈയ്യല്ല അതാണ് വലിയ എന്താ സമയത്ത് നക്കല കുഹാനോ അലീസോ മാത്രം അതിന് വലിയ അറിയിച്ചു വല മത് അക്കലി ആ വിഷയത്തിൽ അക്കല പത്ത്കൾക്ക് പ്രവേശനമില്ല ഏത് ഷ്റുന്ന് പറഞ്ഞാൽ കബറൽ ഇന്ന് അടിയിപ്പിക്കും സെറാത്ത് ജന്നത്ത് നാറ് ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് അറിയാനുള്ളത് ഇത് ചർച്ചകൾ കംപ്ലീറ്റ് ഉണ്ടാക്കിയ വക്കി ക്രൂഹ ഇജുമാലൻ ഈ പറയപ്പെട്ട മൂന്നും ഇജുമാലൻ ഒരു പർച്ചർ പറഞ്ഞു പോയി മുസന്ദിന്റെ പർച്ചലിരുണ്ട് വവാദി എല്ലാ മക്കളുടെ പിന്നെ മേലിലും അള്ളാഹു താലാക്ക് വാജിപ് മുസ്തഹിദ്ജായിസ് അതുപോലെ അമ്പിയാക്കൾക്ക് വാജിബ് മുസ്താഹിദ് ജായിസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയൽ വാജിബാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ല മൊത്തത്തിലോടെ പറഞ്ഞു തബ്സിൽ വന്നു അപ്പൊ അങ്ങനെ വന്നപ്പോൾ മുസന്നീഫ് ആരംഭിക്കുന്നു അൽ ആന ഇതാ അല്ലാനിത ിയ കാര്യങ്ങളെ തഫ്സീലാക്കി തുടങ്ങിയിരിക്കുകയാണ് തുടങ്ങും ആ മുഖിമൻ മൂപ്പുറം മുന്തിച്ചുകൊണ്ട് ഇതിൽ ഇലാഹിയാദ്യം മുന്തിക്കുന്നത് അതുകൊണ്ട് ഇതിൽ ഇലാഹിയാദിൽ പറയുന്ന ചർച്ചകളെല്ലാം ബന്ധപ്പെട്ടതാണ് അപ്പൊ വമാദ് അല്ല കബിഹി മുഖി അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യം എല്ലാത്തിനെ കണം ഒന്നിക്കണോന്ന് പറയേണ്ടതില്ലോ ഇലാഹിയാത്തിൽ നിന്ന് തന്നെ മൂപ്പുറം തുടങ്ങിയത് ബിൽ വാജിബ് കൊണ്ടാണ് അതുകൊണ്ട് വാജിബിന്റെ കൂടുതൽ ചെറുപ്പം മുസ്തഹ ഇല്ലാത്തതല്ലേ അപ്പൊ എന്തിനാ അതിൽ നിന്ന് വുജൂദ് എന്തിനു തുടങ്ങി വുജൂദിനെ അറിയല്ലെന്നാണല്ലോ നമ്മുടെ നോട്ടിലുണ്ട് ആദ്യമായിട്ടള്ളാല് ഉരൂത് അറിയണം ഉജുദനത്തെ ബാക്കി ചർച്ച ഉള്ളൂ വാജിമാല്ലൂദിനെ അറിയണം വരുശേഷമാണ് രാത്തുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത് രാത്തുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഇതാക്കണം അസുമാവ് അറിയണം എന്നാ സിക്കന്തിരി മാമിന്റെ വൃത്തിയു അസ്മാൽ സിഫാത്തിനാക്കണ വ്യക്തി അസ്മാവ് പിന്നെ തന്നെ തങ്ങളെ പോകേണ്ടി സാധാരണ സിഫാത്ത് അസമാല്ലേ അസമാണെന്നാ മൂപ്പറോ അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് പേര് കിട്ടുന്നത് ആളെ തിരുട്ടില്ലാണ്ടാവുക അപ്പൊ അസ്മാലാണ് ഏറ്റവും ആദ്യം മുമ്പിൽ നിൽക്കുന്നത് എന്ന് അസ്മാ അറിയുന്ന അവസ്ഥ സിഫാത്തിലാണല്ലോ പിന്നെ താലൂലൂക്ക് നമുക്ക് ഇതാ പെയ്തുന്നില്ല ആദ്യം ചോദിക്കരുത് അപ്പൊ ഇസ്പിൽ നിന്ന് മുസമ്പയിലേക്ക് പോയില്ലേ കൊണ്ട് അങ്ങനെ നമ്മുടെ നോട്ടീസ് പ്രത്യേകിന് ആദ്യം പറ്റി ഒരു നാനുണ്ടാകണം പിന്നെ ധാത്തിനെ പറ്റി അറിയണം എന്നുവെച്ചാൽ ധാത്തിന്റെ എല്ലാം എല്ലാം അറിയാൻ എന്നത് സാധിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട് റാത്തുമായി ബന്ധപ്പെട്ട ചില വിശേഷണങ്ങളുണ്ട് ആ ദാത്ത് എങ്ങനെയായിരിക്കണം ഉണ്ട് പിന്നെ അസുമാ ഓനിക്കെന്തെല്ലാം പേര് കൊണ്ട് ഇരാവിനെ വിളിക്കാം നമ്മൾ ഇരാ ഉറപ്പുണ്ടല്ലോ ഓൻ എന്തെല്ലാം പേര് കൊണ്ട് വിളിക്കാം ഏത് മായനാക്കാണ് വിളിക്കപ്പെടുന്നത് ഇതാണ് അസുമാലുണ്ട് റഹ്മാൻ എന്ന് വിളിക്കാം റഹീം എന്ന് വിളിക്കാം റൌഫ് എന്ന് വിളിക്കാം റഹീം എന്ന് പറഞ്ഞാൽ ഹുദൂസ് എന്ന് വിളിക്കാം പല കാലാവസ്ഥ വിളിക്കുന്നുണ്ടല്ലോ ആ വിളിക്കപ്പെടുന്നതിന്റെ ഒത്തിരി കൊണ്ട് പിന്നെ അള്ളാത്താരാക്ക് എന്തെല്ലാം സിഫാത്തുകൾ ഉണ്ട് എന്നാണ് പിന്നെന്തെല്ലാം അട്ടാരുകൾ ഉണ്ട് എന്നാണ് പിന്നെ സൂനുകൾ എന്ന് പറയുന്ന വെച്ചാൽ വെളിപ്പെട്ടവർക്ക് പൂനിയൊടുക്കൽ എന്നാൽ അള്ളാത്ത ആരാക്കുണ്ട് തോബ ചെയ്യുന്നവന്റെ തോബ സ്വീകരിക്കൽ എന്നത് ഡോനം അടക്കൂല്ല എന്നുള്ളത് ഉണ്ട് ഓനക്കുള്ളിൽ അടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൂടുതൽ അടുപ്പിക്കും എന്നുള്ളതാണ് എന്റെ ബാധകൾ തുറന്നു കൊടുക്കും എന്നുള്ളതാണ് പിന്നെ അവനക്ക് ശിക്ഷിക്കല്ലെന്ന ഒരു ഏർപ്പാടുണ്ട് ആ ശിക്ഷൻ ഇന്ന് ഇന്ന് മാതിരിയാണ് അതിന്റെ മോഡലിൽ ഇതൊക്കെ അല്ലാതെ ഷൂനുകളാണ് കാരണം അതറിഞ്ഞാലേ മനുഷ്യർക്ക് അമൽ ചെയ്യാനുള്ള പ്രേരണയും ദോഷങ്ങളിൽ നിന്നുള്ള ആ പിമ്പിരിക്കലുണ്ടാവുള്ളൂ നിങ്ങൾ അറിഞ്ഞോട്ടെന്നേ ഉള്ളൂ അവന് തക്വിലേക്ക് എത്തിക്കേണ്ടി അതുമായിട്ട് പറഞ്ഞാൽ ദീനുമായിട്ട് ദീനിന്റെ അക്കാമുക്ക് കൈനമുള്ള നീ സുബാനുള്ള ചെല്ലുന്നു ല്ലോ എന്ന് ചോദിച്ചാ നമുക്ക് ഉത്തരം പട്ടെ അങ്ങനെ നമ്മൾ ആ ഇൻഡെക്സ് കത്തിയമാക്കിയത് അത് എത്രയോ കിതാ നോക്കിട്ടാണ് എത്ര അരിപ്പ് ഇറക്കിയിട്ടാണ് ഉണ്ടാക്കി കിട്ടിയിട്ടാണോ നിന്ന് തന്നെ അപ്പൊ മൂപ്പുറം മൂന്നെണ്ണത്തിന് ആയ പറയുന്നിപ്പ ഒന്ന് इलाहिना मुंदिकान इलाहिल निनन वजीबुल मुंदिकान वजीबिल निनन वजूदिने मुंदिकान अब मुकद्दिमल्लिल वजूद बीलल वजूदि ताला वंडी अदलिन वजूदा தொடர்ந்து కారణ్లీ আসாலతిహి అదానల్ల అసలు వजूद ఉండనే శేషంల్లె ఇగనన పిలి లేకి బి చర్చం ఉండాల అదొండో ఫయిన్న మా సివాహు వजूद్య అల్లాత మొల్లోరు ముఫర్దన్ లయి అదినె మొల్లి ఇగన ఫర్ఆతి కొండరుంటదాను ആ ഗുരു തന്നെ കവീമാണോ ബാക്കിയാണോ ഏത് വിശത്തിലാന്ന് പിന്നെന്തെങ്കിലും സിഫാത്തിനൊക്കെ ആടെ ഗുരു ബീൻ ഭാഗമല്ലേ ആ ബെന്തി ചെലയിക്കൊണ്ടോ പറഞ്ഞിട്ടുണ്ട് അതിന് ബസ്റ്റിന് മൂന്ന് മാനിപ്പം കൊടുത്തത് ഒന്ന് സിഫത്ത് എന്ന മാനാട്ട് തന്നെ അപ്പോൾ ബാഗെന്താക്കണം എന്ന ആ സിഫത്ത് കൊണ്ട് തഫീർ പറയാവുന്ന ഒരു സിഫത്ത് ഉണ്ട് ആ സിഫത്ത് അന്നാലെ ആദ്യമാകുന്നു അല്ലെങ്കിൽ അല്ലെ ഇത്തിസാഫ് അല്ല വേനബിൻ സാധനം വേനാക്കാണ് എന്താ പറഞ്ഞാൽ ഒരു വാർത്ത പറയിൽ ബസ്ഫു പറഞ്ഞില്ല അതാ മസ്സദ് അബോ ഇഹ്മാർ എന്നുള്ളത് സിഫത്തു വാസിഫിന്റെ സിഫത്തായി യും അവന്റെ കലാമിലും പെട്ടതുമാണ് അള്ളാഹു താരാക്ക് ഇങ്ങനെ റിസ് ഉണ്ട് കേട്ടോ എന്ന് പറയൽ വജിബാണ് നയിപ്പോ പറയുന്ന വെച്ചാൽ വെറുതെ അവസരല്ല ഉദ്ദേശം അക്കീലയോടുകൂടിയുള്ള മത്സര ശരി കൊണ്ടുള്ള അവ അത്ബുജൂദാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽബുജോദ് ഐറ്റീയായ വുജൂതി നയി നമുക്കും മുജൂതുണ്ട് ഇവിടെ ദാത്തിയല്ല ഖൈരന്റെ വേണ്ടിയിട്ടുള്ളതാണ് മറ്റൊരിത്തം വജൂത് തന്നിട്ട് ഓൻ ഏകീകരത്തോളം കൊണ്ടുപോകാം ഓനപ്പാ മതി എന്ന് പറയുന്നത് ഒന്നിനും ആകാം ഇത്യായ ഉജുദല്ല ദാതീയായ വുദർച്ചു ഫിഹിൻ വജുദിന്റെ വിഷയത്തിൽ വേറെ ഒരാൾക്കും രീതിയിൽ ദാത്തിന്റെ വേണ്ടിയുള്ള ഉജുദ് തന്നെയാണ് അപ്പൊ നമ്മളെ ഉജുതെല്ലാം പുറത്തുപോയി നമ്മക്ക് പറയപ്പെടുന്ന വജൂദിന്റെ മായനാക്കല്ല അള്ളാഹു താലാക്ക് പറയുന്ന മായന വജൂദിന്റെ ഇതെന്താ മുംകിനായ വജൂദാണ് അഖലിയായ വജൂബൊന്നുമില്ല അള്ളാഹു താലാണ്ടത് വാജിബോണു അതൊന്നല്ലുറം ബിൽ വസ്ഫി വസ്ഫു കൊണ്ടിപ്പം പറഞ്ഞിട്ട് ഇത്തിസാഫ് ആ വസ്ഫു കൊണ്ട് അസീഫത്ത് ഉദ്ദേശിക്കാതെ അപ്പൊ അവിടെ ഉദ്ദേശം എന്തായി അൽ മാലിയു ആയ മേലെ ഉദ്ദേശമായി എന്ന ഈസ്മുണ്ടല്ലോ ഉദ്ദേശിക്കുന്നു അപ്പൊ മുജോദി എന്ന സിഫത്ത് അല്ലെ വരുമ്പാടുന്നതുണ്ടല്ലോ ും വിമാനം വാഹിദീൻ ലഹവിയങ്ങളെടുക്കലും ലോകത്തിന്റെ അനുകൾ എടുക്കലും ഒറ്റ മാനനാക്കാന്ന് സിഫത്ത് വസ്ഫ് എന്താ വ്യത്യാസം അതെന്താ സാധനം ബഹുവൻ മഹിമ അറിയും അതൊന്ന് വസ്ഫുനാട്ടെന്ന് വസ്ഫത്തായി വസഫു എന്നായിരിക്കും ഒരു അസലുണ്ടായിരുന്നു ശരിക്കും സുറപ്പാക്കിയാലും വാസഫ് ൂസിഫു യൗസിഫുന്റെ വാബ് കളഞ്ഞിട്ട് യസിഫു നൈ പിന്നെ വിസൻ ഉണ്ടാവും പറഞ്ഞ മാതിരി എന്റെ വാവിന്റെ കളയാ വാവിനെ കളഞ്ഞിട്ട് ഈ കത്തി എടുത്തിട്ട് സ്വാധീനം കൊടുത്തു അപ്പൊ വാവിന് പ്രകടിപ്പ് വാത ഇതെന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ താവ് കൊടുക്കുന്നു േ അപ്പൊ മസ്തോറും സിഫത്തൻ അപ്പൊ സിഫത്തിന്റെ അസുലെന്താ വിസ്ഫ് വിസ്ഫ് എന്നാണ് ഈ വിസ്ഫ എങ്ങനെ വാവിനോടാതി കസറിങ് വാങ്ങി ഇന്നൊരു സാധനം കൊടുത്ത് വാവിനോട് വേറെ നീപോയിക്കുവു നമ്മുടെ കസറിങ് തന്നെ സാധനം കൊടുത്താൽ നീപോയിക്കു അപ്പോ സിഫന എന്നിട്ട് സുമ്മത്തിൽ വാവു കളഞ്ഞു കലിമത്തിന്റെ ഭാഷയിലാണ് പാണ്ഡത്താൻ എന്നിട്ടോ അതിന് പകരമാക്കി കൊണ്ടുവന്നു ലാസ്റ്റ് ആണ് പറഞ്ഞു അത് വന്ന് നെഹബിലും ലോകത്തിലും വമ്മാ എന്താ മുത്തകല്മ്യങ്ങൾ എടുക്കലോ ഉപയോഗിക്കുന്നത് എന്താണോ അത് അപ്പൊ മഹക്കൂമ ബിഹിയും മന്ദിക്ക് ലോധിട്ടുണ്ട് മഹക്കോമുൻ അലേഹിയുണ്ട് മഹക്കുമ ബിഹിയുണ്ട് ഇനി ഇതിനുള്ള പിച്ചാട്ടിൽ എന്താ വേദിയ ഹെക്കുമു എന്നും പറഞ്ഞു മന്തി കൊതാൻ പറഞ്ഞത് ഒരു മുബുത്തതയും ഒരു ഹബറും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുബുത്തതാക്കും ഇപ്പത്ത് മഹമൌനം പറയും അല്ലെങ്കിൽ ഇതിന് മഹക്കൂമുൻ അലേഹി എന്ന് പറയും زيدم قائمن എന്നു പറയുന്നത് അവസരത്ത് زيد محكوم عليه قائمن ഉള്ളത് محكوم به അല്ലേ എന്നേറ്റോ زيدന് ഖിയാമുണ്ട് എന്നുള്ള ഇഫ്ബാത് ആണ് അrandint ഒരു ഹുકુം زيدന് ഖിയാമുണ്ട് എന്ന് നമ്മ സമർത്ഥിക്കാനേട് റുકુം അപ്പോൾ മാ യുകമ ബി അല ശൈഇ ഒരു ശൈഇദ മൗലൂ മൗദഊന്ന മുബത്തദഅന്ന അല മുസനദ് ഇലൈഹി നോ അപ്പോൾ എന്തുതോർ വേറെങ്ങല മാർക്ക് കൊടുക്കുക സാധാരണൊന്നല്ല ബയാലിന്റെ അലത്തുമ്പോൾ മുസ്ലിം അദ്ദേഹം ഇനേഹി അതായത് ശേഷം പറയാൻ പോകുന്നത് ആരിലേക്കാണോ ചാർന്നു വെച്ചത് അത് എന്ന് പറഞ്ഞാൽ ഒക്കുമ്പ് ഇച്ചു വാങ്ങാൻ വേണ്ടി അവിടെ സ്ഥാപിക്കപ്പെട്ടത് വ്യക്തി സാധനം വെക്കുമ്പ് ചെയ്യപ്പെടാൻ വിധിക്കപ്പെട്ട ആള് നത്തം ആ സബ്ജക്റ്റ് എന്താണോ അത് ശവാവും കാന ആ മായുഹക്കുമ ബിഹിയായ മഹക്കുമോ ബിഹിയുണ്ടല്ലോ അതായാലും തർക്കമില്ല അയിന ഹൈക്കത്തിൻ്റെ ഹക്കൈക്കത്തിന്റെ അയിന് തന്നെയായി സൈദ് ഇൻസാൻ ആകുന്നു അങ്ങോട്ട് പറഞ്ഞു അയിനുള്ള ഹക്കീക്കത്ത് തന്നെയാണല്ലോ അതേ അവസരത്തിൽ സയ്ദ് ഇനി നിക്കുന്ന സയ്ദ് ആര്യമാണെന്ന് പറഞ്ഞു ഓര് കായിമായ ഉസ്ഫാണല്ലോ ഇന്ന തെർക്കമുള്ള സൈദ് അല്ല നായി ആണ് അതെന്താ ഇവന്റെ ഹക്കീക്കത്ത് എന്തൊക്കെ പുറത്തു നിൽക്കുന്ന അതുപോലെ നമ്മുടെ ഈ ഭാഗത്ത് എന്താ വരിക അതിന് ഹതിക്കെത്താകുമ്പോൾ ഗുരുദാ വരിക നഷിയാസിഫത്തല്ലേ പിന്ന കായ്മ നമ്മുടെ ഈ പന്നിയിൽ കായ്മം പിരിമുദ്ര മാനവി മഹാനിയാസിഫത്താ വരിക കാരുചൻ അന്നിയിൽ എന്താ പറയുക കോലുവാണ് ഹാലികൾ ഈ കോലുവിട്ട് പറയുന്നുണ്ടല്ലോ അതിനു പറഞ്ഞത് അപ്പൊ ഇപ്പൊ മൂന്ന് ഉൾക്കൊണ്ടു അയന ഹസൈക്കത്തി എന്ന വാക്കുകൊണ്ട് നസി ആ സിഫാത്ത് ഉൾക്കൊണ്ടു പോലെ എന്തുമായി സിഫാത്തുകളെല്ലാം വന്നു തീരാത്ത് കലാൻ വിട്ട് കാലജന്നോ കാതനും നമ്മുടെ ഈ താരീഫിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അൽജൂദുൾക്കൊണ്ടു ഏത് പോലും ഉണ്ട് അയന ഹൈക്കി എന്ന് പറഞ്ഞ വാക്കുണ്ട് പിന്നെ അത് ഉൾക്കൊണ്ടോ എന്ന് കാരണത്താൽ അത് വാക്കുണ്ട് പിന്നെ അഹ്വാലകൾ നഫീചെയ്യുന്നുണ്ടല്ലോ അഹബാലകൻ നഫീചെയ്യുന്നില്ലേ അഹബാലില്ലാന്ന് വെച്ചാൽ മതപ്പെട്ടല്ലോ ആ അതനുസരിച്ചായാലും നിറക്കരുതാ സെൽഫുകളും പൊട്ടിട്ടുണ്ട് അത് കുതിർ تدمن بكاء عندنا صفات وصفات الله نقول ونقول تمام قلنا اي حقيقه اشاره للصفات النفسيه او قائم من اشاره للصفات المعاني او خارج عنها ان الذي اشاره للمعانيه والاحوال وهذا الجامع هذين صفات الذي نرتبها ما يكون يعني ൊണ്ട് നമ്മൾ തൽക്കാലം മുറാതാക്കുന്നത് അള്ളാഹുന്റെതാച്ചു ഉൾക്കൊള്ളിട്ടില്ല ആ ചിന്തിച്ചോ കൊച്ചിന്റിയാശത്ത് മൊബോലു ആ മിം വാജിബാത്തിൽ പെട്ടതാണ് പറയുമ്പോ ഇതോടുകൂടി വാജിബ് തീർന്നിട്ടില്ല എന്നായി അതിനാണ് സിഫാത്തിൽപ്പെട്ട ചെറുതായിട്ടുള്ളൂ അപ്പൊ മിന്നുണ്ടായി തവേലിന്റെ മിന്നു പേര് അറിയിച്ചു എങ്ങനത്തെ അൽ വാജിപത്തിൽ ലഹൂത്താല അത് വാജിമ്പായ കുറേ സിഫത്ത് ആ കൂട്ടത്തിൽപ്പെട്ട ഒന്ന് മാത്രമേ ആയിട്ടുള്ളൂന്ന് അതിനാ ഒന്ന് മാത്രമാകാൻ കാരണം ഇത് കാരണം അൽ വാജിമ്പാ ത്ത് ലഹൂത്താല കഹസിറും അള്ളാഹു താലാക്ക് വാജിബ എന്ന സിഫത്ത് ധാരാളമുണ്ട് അത് അച്ചമാക്കാൻ കഴിയൂല എന്തിൽ സീമാ ഇവിടെ പറഞ്ഞതിൽ മാത്രം അച്ചമായതല്ലാതെ വാജിബ സിഫത്ത് ഇതേ ഉള്ളൂ എന്നല്ല പറയുന്നത് ഇതും ശേഷം എല്ലാം മോന്നാലെല്ലാം കുറച്ചായിട്ടുള്ളൂ അല്ല ഐ ബാലു സിഫാത്തിന്റെ സിഫ് നോക്ക് ഇത് മിന്നെ ബൈസിൽ പറഞ്ഞ മിംവാജിബാത്തിന്ന് പറഞ്ഞ മിന്നത്തീയത്തായ മിന്നു എന്ന് മനസ്സിലാക്കാനും പിന്ന സിഫാത്തായ സിഫാത്തുകൽ അതൊരിക്കലും മറ്റമാകുന്നതല്ല അപ്പോ ഓരോന്നത്തിന് ഓരോ ധൈര്യമില്ല ബാദു സിഫാത്താണെന്ന് പറയാനുള്ള ന്യായമാണ് അള്ളാഹു താലാക്ക് വാജുബാത് ധാരാളം ഉണ്ട് അല്ലെ ധാരാളം ഉണ്ട് എന്ന് പറയാൻ കാരണം അള്ളാഹു താരം തമാടി ആസിഫത്ത് അറ്റമില്ലാത്തതുണ്ട് അപ്പൊ എണ്ണിയ തീരൂലു ആസിഫത്ത് നമ്മൾ ശരിക്കും എത്ര ഏഴെണ്ണിയ തീരുള്ളൂ അതൊന്നല്ലാണിഹായ മനസ്സിൽ തന്നെ അതിന് അറ്റയില്ല അതിന്റെ ഓരോ നൃത്തവും അറ്റി മനസ്സിൽ തന്നെ അറ്റ ും മാത്രമേലായിട്ട് അറിയുള്ളൂ അതിന് പരിമിതിയില്ല എന്ന് മനസ്സിലായി കൊള്ളണം പക്ഷെ അപ്പൊ നിങ്ങളിവിടെ കുറച്ച് പറഞ്ഞു മതിയാക്കുന്നതിനും ഇല്ലഅന്നു ലാ യജിബു അലൈന പക്ഷെ നമ്മളെ മേലും ഉചുബില്ല എന്നേ ഉള്ളൂ ും ദലീലും പ്രത്യേകമായ ദലീൽ നിർത്തപ്പെടാത്ത മറ്റു സിഫാസ് ഉണ്ടല്ലോ അത് മുഴുവനും അറിയി തഹ്സീലായ് ചറിയല് നമുക്ക് ഉജു ഇല്ലാതെ ഉള്ളൂ അല്ലാതെ നമ്മുടെ കാത്തതാന്ന് ഇജമാലാച്ച അറിയുമ്പോണോ ഇജമാലാച്ചിന് ഇതും ചേച്ചു ബാക്കിയുള്ള കമാലിയായ എന്തെല്ലാ സിഫാത്തുകളുണ്ടോ അതുമുഴും അള്ളാഹുത്താലാക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകം ദലീലും ആര് തായ് മാത്രമേ ഇവിടെ അപ്പൊ ബൽ എന് വല് നമുക്ക് ഉള്ളാം അപ്പൊ ബിനെന്ത് വാചിപ്പുണ്ട് വാജിപ്പുള്ളത് അന്നയത്തത്തിന്റെ അന്ന കമാലാ ലാലാ തനാഹ എന്ന് വിശ്വസിക്കാലാത്ത് കമാലാത്തുണ്ട് അത് യാതൊരു അച്ഛമില്ല എന്ന് അലള്ളിച്ചുമാർ അപ്പൊ അലള്ളിക്കുമാലോടൊക്കെ അന്നായത്ത കൃതിയോടാണ് ലാ തത്തനാ അലള്ളിച്ചുമാരി എന്നല്ല അലാല താലൂക്കുണ്ടല്ലോ അന്നാറ്റക്ക് തെളിയിക്കൊടുക്കണം ഇജിമാലായിട്ട് വിശ്വസുക തഫ്സീലായിട്ട് നമുക്ക് സാധിക്കൂല ഈ ഒന്നിനെത്തന്നെ തഫ്സീലാക്കി തിരില്ല ഇൽമ മാത്രം എടുക്കൂ അത് നമ്മൾ പ്രത്യേകം ദലിയില് നിന്ന ഖുർആാൻ ഹലീത്തിനും ദലിയില് വന്ന പ്രത്യേക വിശപ്പത്താണല്ലോ ഇതിനാക്കി തിരിയോ അതിന്റെ ആഴം മഹുഖത്തിനടുത്ത് ഇതിന്റെ ആഴം തിരിയുന്നില്ല ഇൽമെത്രയുള്ള നമ്മളെ അറിയപ്പെട്ട ഒരു വലിയ അള്ളാഹു എന്നു തുടങ്ങിയ ആൾക്കല്ല കൊടുത്ത ഇൽമിന്റെ വിശാല കത്തി അറിഞ്ഞു നോക്കിയാതിരിയൂല ഒരു നബിയുടെ ഇൽമത്തിലുണ്ടാവുള്ളൂ അയിൽ നിന്ന് മനസ്സിലാക്കാലോ റസൂർ സല്ലാരിതങ്ങൾ തന്നാൽ തലത്രയോ കൊടുത്തു ഇതെല്ലാം പറഞ്ഞ ആദിതായി ഇൽമു അപ്പൊ അല്ലാലി ഇൽമിന്റെ വിശാല കത്തിയാണ് റ്റം കിട്ടൂല വാ കാലും ദലീലും പ്രത്യേകമായ ദലീൽ നിർത്തപ്പെട്ട സിഫാത്തുണ്ടല്ലോ തഫ്സീലൻ അത് തഫ്സീലായിട്ട് എത്തിക്കാറുപാണെന്ന തഫ്സീലും പോയിരുമാലി പോലും ഒഴിയില്ല അതുപോലെ തന്നെ തഫസീലയാകുന്നുള്ളൂ സിഫത്താകുന്നു ഇത് ഘട്ടമാണ് പടമാക്കൊന്നും വേണ്ട അല്ല ഇത്രകാലം ഇരുപതാം മെഡിസിന് ഇതാക്കി തവത്തിപ്പോയിക്കീന ഓതന്നും പേവാന്നൊന്നും പറഞ്ഞിട്ടുണ്ടോ കാര്യത്തിൽ ഉണ്ടാകും പതിമൂന്ന് പതിമൂന്ന് ഇരുപത്തി ആറായി ഇതോടെയും യും മതബ് അനുസരിച്ചാണ് പറയുന്നത് തുടങ്ങിയവർ പിന്നാലും എന്താണെന്ന് ഓർമ്മക്ക് മിൻ അന്നൽ മാനവീയത്ത മദബിന്റെ ഭയാനാണിത് മിൻ അന്നൽ മാനവീയത്ത് പോകുന്നുണ്ടല്ലോ അത് മഹാനിയാക്കണ ഗായ സിപത്തുന്നതല്ല കുതിരത്തെന്ന് പറഞ്ഞാൽ പിന്നെ കാതിരായി അവർ നോക്ക് പക്ഷെ കാതിരല്ലാന്നോർ അറിയുന്നില്ല കുതിരത്തെണ്ണിഞ്ഞാൽ പിന്നെ കാതിർത്തെണ്ണുന്നു മധ്യസിലേക്കാൾക്ക് കാതിർന്ന് എണ്ണോന്നാ പറയുന്നത് കുതിരത്തെണ്ണാൻ പാടില്ലെന്ന നേരെ കതിരിച്ചാ കൂര ആ വേറെ കൗരവം എണ്ണും കുതിരത്തീരാതെണ്ണാൻ പാടില്ല എന്നാ അഷ്വരിന്റെ ഭിൽ കുതിരത്തീറാതെ തീരുമാനത്തി സ്വയം ബസ്സിലല്ലണം അത് കൗലുക എന്താണ് കുതിരത്ത് ഉണ്ടായ പിന്നെ കാതൽ തന്നെയാണല്ലോ പിന്നെ പ്രത്യേകിച്ച് ബാധന അപ്പൊ ഞമ്മ പഠിച്ചു കണ്ടാക്കും എല്ലാം തപ്സീലായിട്ട് മൊത്തത്തിലാണ് അഷ്വരി മാത്രം ഇത് നോക്കാതെ കണ്ട് നിഹത്തിയാ തേടിയാണ് അതല്ല നല്ലോണം അറിഞ്ഞാ അല്ലേ അല്ലേ أسأل هذا ما ترينه ما نبي يا صفت كونه قادران كونه مريدا كل الذي ليست أبدا الله بصفات زايدة على أل المعاني معانيا كان زايدية متو صفت اللانا ربود ماذا رأى ما ترمى الله وأن الحق حق الذي ألا حالا حال أنه صفت اللانا يجب كحال نبي حال أنه صفت اللوي ഭൗത ഹാലില്ലെന്നാണ് ഹാ അതനുസരി അശ്വനിമകനുസരിച്ച് തന്നെ ഫൽ വുജൂതു അനുദാത്തിൽ മൗജൂദ് മൗജൂദിന്റെ അയിനുദാത്ത് തന്നെയാകുന്നു അശ്വനി പ്രധാനവും ാണ് ഗായി സിഫത്തല്ല ശരിക്കുമല്ലൂതെന്നുള്ളത് ദാത്തിനാക്കാണ കവിഞ്ഞ ഒരു സിഫത്തല്ല ഭുജൂത് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ പല മഹദോറും വരും കാരണം ഈ ബുജു മഴ നീക്കുമ്പോ സാത്തിനേക്കാണ് ഗായിദല്ലേ ഈ സാഹിദങ്ങ് അങ്ങ് നീക്കിക്കളാം എന്നാൽ ഇവിടെ എന്താ ചെയ്യുക എന്തുണ്ടാവില്ല ഒരു ദാത്തണ്ടാവോ അപ്പൊ ഉർജൂതം എടുക്കലോട് കൂടി കാത്തുപോയില്ല അപ്പൊ അതിന് താത്തന്നെ ഇപ്പൊ പോയത് നേരെ പുതിരത്ത് എന്നുള്ളത് നല്ല നുള്ളിങ്ങെടുത്താൽ പുതിരത്തിന്റെ പവറാട് ആജിസ് ഉണ്ടാവും അടുത്ത് ബ്ലാങ്ക് ഒടുക്കുന്നുണ്ട് ഇറാത ടിങ്ങ് എടുത്താൽ പോയി സമിതി എടുത്താൽ കേൾക്കാത്തതുണ്ടാവും ബസറിങ്ങെടുത്താൽ കാണാത്തതുണ്ടാവും പോയി പോയി പോയി എടുത്താൽ ആചൂത് കൊടുക്കട്ടെ എന്താണുക്കില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ മുജൂദായനു ദാത്ത നല്ലാണ്ട് ദാത്തും ദാത്തിന്റെ മുജൂദന്റെ ശിപത്തും കൂടി മുറക്കമാ വെച്ച് കഴിഞ്ഞാൽ അടന്തല്ലോ മതൂറങ്ങി വരും ഈ മുജൂദ് കൊണ്ട മോസുപാന്നനും ദാത്തിന്റെ ഹാലെന്തായിരുന്നു മോജൂദോ അതൂമോ എന്ന ചോദ്യം എന്താ പറയല് ദാത്തനാക്കണ ദായിരല്ലേ ഉജൂത് എന്ന് സങ്കല്പിക്കാം അപ്പം കൊതുറത്തും ദാത്തും കൂടെ കൂടിയിട്ടല്ലേ കാതുരായ ദാത്തണ്ടി എന്ന് പറഞ്ഞ മാതിരി ഭുജൂദും പ്ലസ് ദാത്ത് അല്ലെ ഈ ഭുജൂത് കൂട്ടുന്നതിന് മുമ്പോ ദാത്തിന്റെ ആരം തരുന്നു മോജൂതമാകൂമോ ഏതെങ്കിലും ഒന്നും പറ മോജൂത് അപ്പൊ മോജൂത എന്ന അവസരത്തിന് ആ ബുജൂത് ഏതാ ആ മുജൂദാണെന്നാത്തിനെക്കാളും സാഹിതയോ എല്ലാ അധികമോത്തോ ഹൈന്ദ്ര രാത്രിക്കാളും സാഹിതയാന്ന് അപ്പം ചോദിക്കും ഈ മുജൂദ് പുറത്തിക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ച ഒരു താത്തുണ്ടല്ലോ ആ താത്ത മോജൂദമായതോന്നു അത് പറഞ്ഞാൽ തീരത്തിലേക്ക് അങ്ങോട്ട് പോകൂ എല്ലിപ്പം എന്താക്കണോ ആദ്യം തന്നെ മോജൂദായിരുന്നു മോജൂദായ തരസീല മോജൂദിനോ മോജു അതിലുണ്ടായിരുന്നെങ്കിലും ഒന്നിക്ക് തഹസിൽ വരും അല്ലെങ്കിൽ വരും ചോദ്യം ചെയ്യൂലി എന്ന അവസരത്തിൽ ഇതിനെണ്ണില് വജുദിനെ പിടിച്ചിൽ ഉണ്ടാ ഐഹൻ അതൊരു തരം അജാസാണ് എങ്ങനെ അജാസായി പറച്ചടി ഈ ദാത്തിനെന്താക്കും കൊണ്ട് വസ്വ് അറിയാറുണ്ട് എന്നുള്ള നിലക്കാണ് അതായത് മോജൂദായ ധാത്ത് എന്ന് പറയാറുണ്ട് എന്നുള്ള നിലക്ക് മോജൂദായ ദാത്ത പറയാം സിബത്താ എണ്ണം എന്നുള്ള വയനാക്ക് എണ്ണീരം ഡെഫിനറ്റലി അപ്പൊ പയ്യുക്കാലു ദാത്ത മോജൂദൂൻ എന്ന് പറയുന്നുണ്ടല്ലോ അതാ അപ്പൊ നല്ലോണം ചിന്തിക്കണം കേട്ടോ ആ അങ്ങനെയാണ് ചെറു നോക്ക് അപ്പൊ എടുത്തുകൊണ്ടാണ് അതാണ് ഭാഗത്ത് പറയാൻ കാരണം അവർ പറഞ്ഞതിന്റെ ചുരുക്കം പറയാം അന്ന ബുജൂൻ അള്ളാഹു താലാന്ന് വെക്കണ്ട ലോകത്തെ ഏത് സാധനത്തിന്റെ തന്നെ ആ സാധനത്തിന്റെ അയനു തന്നെയാണ് നമുക്ക് അതിലോകം തന്നെയാണ് അള്ളാഹത്തിള്ള പ്രത്യേകതയല്ലത് ഏതൊരു സാധനത്തിന്റെയും പുജൂത അതിന് അരുദ്ധാത്തി തന്നെയാണ് ഇത് കാരണം ലൗകാന സാഹിധൻ അതിനെന്താ തെളിവാണ്ടിരുന്നത് നമ്മൾ ദേവത അന്ന പുതകുല് അയനു എന്ന നമ്മളെ വാദം വാദത്തിന് ദലീല കൊണ്ടായിരണം ദലീൽ ദലീൽ ഷർത്തിയായ കഥിയായി നോക്ക് ഇത് കാരണം ലൗകാന സാഹിധൻ അലദാത്തി ഷർത്തിയായ കവിന്റെ മുഖബ്ദമാണ് മന്ദിക്ക് വണ്ടിക്കാർ എന്നെ പോട്ടെ ആ ലാധൻ അലി ദാറ്റിനെ കാണാൻ സാഹിതയായ മറ്റൊരു സിഹത്താന്ന് വക്ക അപ്പൊ നാത്താട ദാത്തിന്റെ കൂടെ പ്രസ് ചെയ്തപ്പെട്ട ഒരു പുലൂതാണ് അങ്ങനെ വരുമ്പോൾ താഴെ പറഞ്ഞ് എത്തി മാതിരി വരും ലാജുലു ഒഴിവാകുല ഇമ്മാന മോജൂദൻ ഈ നാറ്റിനെ കാണാൻ സാഹിദരത്തിൽ ഈ നാത്തുണ്ടല്ലോ അത് ഒന്നിക്കിൽ മോജൂദോ എല്ലാം മാതുമോ എന്ന ചോദ്യം മോദാ അപ്പൊ മോജൂദിനെ മോജു ആക്കണോ മോജൂദിനെ മോജുദാക്കലേക്ക് കിട്ടു ആ മോജൂദിനെ കൂട്ടുന്നതിന് മോജൂദിനെ മുമ്പുള്ള ആലോചിച്ച് മോജൂദെന്ന് അയുള്ള മോജൂദിനെ മോജൂത് എന്നാ അതിന്റെ മുമ്പ് അത് മോചുദ അപ്പൊ ഈ പറഞ്ഞ തീരുവന്നു അപ്പൊ മാധവമാണോ മാധവമാ പ്ലസീന്നതിന് മുമ്പ് മാധവമാരൂന്നില്ലേ അപ്പം താലിയാണിത് ലാ യോ ഇമ്മാൻ ഈ രണ്ട് ഏറ്റുമാര് വരും രണ്ട് ഏറ്റുമാരും പാത്തിലാകുമ്പോൾ മുക്കദബാദിലെ വൻ അവലും അവരേതാ മോജൂദ് ആണ് വെക്കാ എന്നാ ചോദിമൊത്ത ആണല്ലാസിന്ന് അപ്പൊ നമ്മളെ പിന്നെയും ചോദ്യാന്ന് ആ ഇപ്പൊ പറഞ്ഞില്ലേ മൊത്താനി രണ്ടാമത്തെടുക്കൗല മോജൂദും അല്ല നോക്കാം എല്ലാന്നുവെച്ചാ എൽസം ആരേഹി അതിന്റെ ലാസിമി ലേഹി വുജൂതു മുത്തമാധവുമെന്നല്ല പറഞ്ഞു വജു വേദന ഉൾപ്പെട്ട് മാഗവും വന്നല്ലേ അപ്പൊ മാധവുമായ സാധനം ഒരു കാരണമെങ്കിൽ എന്തുകൊണ്ടി വരും അള്ളാഹാനെ സംബന്ധിച്ചിടത്തോളം വേറെ മോധിത് ഉണ്ടാക്കേണ്ടി വരും അപ്പൊ കിലമി പോയില്ലേ ഭഗവാൻ ലതമു അതമെന്ന് കണ്ടിരൂലേലാണ് ഞാനും നമ്മക്കിവിടെ പറഞ്ഞോപ്പിക്കാം മുരൂത് കൊണ്ട് മുത്തസിബാന്നാലും ഉൾപ്പെട്ട് എന്തായിരുന്നു മാധവുമായിരുന്നു അപ്പൊ പിന്നീട് വന്നു മാധവുമ ഇത് അത് അല്ലാത്ത മുരുത് കൊടുത്തിട്ട് ഈ മുരൂത് കൊടുത്തത് അതിന് എന്താണോ ചോദ്യം ഇരു അവിടെ ഒരു ഒരു വാസിയും ഞമ്മക്കെന്താക്കാം അല്ലാതെ ഒന്നൂടാ ഒന്നിക്ക് തസൽസിൽ വരും അല്ലെങ്കിൽ അത് പിന്നെ ശേഷം ഉണ്ടായി വരും രണ്ടും പാത്തിലാണ് അപ്പോൾ കാലിയുടെ രണ്ട് ചിക്കും പാത്തിലായമ്മും പാത്തിൽ അപ്പൊ ലൗക്കാന സാഹിതൻ അലത്തി എന്നുള്ള എത്തി പോയി മന്തിക്ക് തെട്ടിപ്പെന്നെ അവിടെ ചോദിച്ചില്ലേ إنه برياء فرائيوه يمشي كردن <متحدث> نبارتون نولا إنه قانونها واتهل بريم إنه ترتيب آخندقل أصلسل محالي <متحدث> إنه آدم محالي لند محالينا مقدمان دائم آدل في كلمة أبوافية تهي من الصفاتي وجودنا صفاتي لندن ندلن بكساموهن إن رجال أي مجازم برسلهن മജാസ് ബ്രിസൻസ് എന്തെങ്കിലും ഒരു ബന്ധം കണക്കിലെടുത്തിട്ട് ഈ സാധന അതിന് പ്രയോഗിക്കുന്നു സാധാരണ ഒരു ലഫ് മറ്റൊരു മാനാക്ക് പ്രയോഗിക്കരുപ്പാന്ന് ഒന്നിക്കിൽ ആ പ്രയോഗിക്കപ്പെട്ട മാനിയും അസന് മാനിയും തമ്മിലൊരു ബന്ധം വേണം അത് മുഷാബഹത്തിൽ പരസ്പര സാധുക്ഷം ഉപമ ഉപമ എന്ന ബന്ധമാണെങ്കിൽ എന്റെ പേര് ഇസ്ലിഹാറത്ത് പേരെ ജയ്ത് എന്നൊരാളെ മുഖത്തിന് പ്രയോഗിപ്പി ചന്ദ്രൻ എന്നെ പ്രയോഗിച്ചിപ്പ അപ്പൊ ചന്ദ്രൻ എന്നുള്ളത് ആകാശത്തിൽ ഒരുക്കുന്ന ആ കൗക്കത അല്ലാത്ത വസ്തുങ്ങൾ പ്രയോഗിച്ചത് അതെന്താ മുഷാബഹത്ത് ബന്ധമാണ് വെച്ചിട്ട് ഈ മുഷാബഹത്തല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു കണക്ഷൻ എന്തോ അത് പ്രയോഗിക്കുമ്പോ മജാദ് മുറിച്ചലെന്നതിന് വേര് ഇവിടെ മജാദ് മുറിച്ചലാണ് عمر بالتأملي مغفراً لنا تأملون من الفيديو إشارة إلى أن الهكة خلاف هادان حق لذي إذن للاعب النور إذن للاعب النور باش أدام أدام الآخرين سيئة من قوائل نحق لذي إذن خلاف لدي. وأن الصفات المعامية أمور اعتبارية معنبيا صفات نعتبر لله അത് എത്തിബാരിയാണ് എത്തി ബാരിയാകും മൂറാണ് അപ്പൊ നേരത്തെ പറഞ്ഞങ്ങനെ കുറച്ചും കൂടെ ലേശം പതിരി കൂട്ടരുത് അനവിയാതിയാത്തിബാരി എന്ന് പറഞ്ഞാലോ ലാബുതമൻ അത് മനസ്സിൽ അത് പരിഗണിക്കാണ്ട് പറ്റൂല പറ്റ തള്ളിക്കളയാവുന്ന ഒന്നല്ല വെറു സങ്കല്പറ്റി പറ്റ ഹാരിജിൽ അഹാൻ മനസ്സിന്റെ പുറമെ സായതീയായിട്ട് സുബൂത്തൊന്നും കാണുന്നില്ല എന്ന് വെച്ചാലും മനസ്സിൽ നിന്ന് കുട്ടികളയാൻ പറ്റാത്തതാണ് ഹാരിജന്യാണേത് ലസ്റ്റർ നമ്പറു ഫൽ അശ്വരിയു അപ്പൊ അശ്വരീമാമെ തെറ്റിന്നാണോന്ന് പറയേണ്ടത് അത് പറയാൻ പറ്റൂല ഇത് പറയുമ്പോ നിങ്ങൾ പറയുന്ന ഹക്കിനെതിരായി പോയി അശ്വതി പറഞ്ഞില്ലേ അതിന്റെ അർത്ഥം അങ്ങനല്ലാമിനെ സുബൂത്ത് ആയിട്ടില്ല അതിന് അമ്മ കൂടുന്നുണ്ട് അല്ലെ എന്നാലും ഓർ പറ നമ്മുടെ എടുത്തുകൾത്തെന്ന് പറയുമ്പോ ഇടംബലൊന്നുള്ളത് മനസ്സമ്മ പരിഗണിക്കുന്നുണ്ടല്ലോ അതിനെ സുബൂത്ത് കൽപ്പിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ എടുത്തോർത്തോ കൺക്ഷണം എന്താ ഇതിനകത്താണ് സായിരേജ് ഇടം തേണ്ടതെന്ന് പറഞ്ഞത് ഇതിനോട് എടുത്തു എന്ന് പറഞ്ഞു അപ്പൊ ഇടത്ത് വെല്ലത്തെ മുമ്പിലെ പിന്നിൽ അവർക്ക് എത്തി പാതിയാണ് മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാലും അതോടൊപ്പം പുറത്ത് വായിരേച്ച് കാണിച്ചു തരാൻ കഴിയൂല അപ്പൊ അഷാരീ മാമി പറ്റുന്ന ചിരിക്കുന്നില്ല അത് അപ്പം അമ്മയക്കോളും അഹവാൽ അപ്പൊ അഹവാലുകൊണ്ട് പറയുന്നവരി ഹാലില്ലാന്നല്ല ശരി പറഞ്ഞത് അപ്പൊ അഹവാലുകൊണ്ട് പറയുന്ന ആള് എപ്പോഴും ഓർ പറയുന്നത് ഈ അഹവാലുകൾ വാസിൽ വുജോതി വൽ അദമി വുജോതിന്റെയും അദമ്യന്റെയും അടിയിലുള്ള വാസിണെന്ന് വന്നു അപ്പൊ സിഫാ എത്രയായി ഒന്ന് അദമിയെ മറ്റൊന്ന് ഭുജോതിയെ രണ്ടിന്റെയും മടക്ക് അഹവാൽ പേര് അഡമി എന്ന് പറഞ്ഞാൽ ഈ സിഫാത്തിന്റെ അർത്ഥം വെക്കുന്ന അവസരത്തിൽ ഏതോ സാധനം ഇല്ല ഇല്ലാന്ന് ശുദ്ധീകരണം എന്തോരാരോപണങ്ങളോ ഒരു പോരായ്മയോ ഉണ്ടാക്കും ഇല്ലായ്മ ചെയ്യലാണ് സെൽബിയിൽ ഉണ്ടാവുക എന്താണ് ഇന്നത് ഉണ്ട് എന്ന് പറയുന്നില്ല ഉജ്യൂതിയിലാകുന്ന അവസരത്തിൽ അതെന്താവണം റാത്തിനാക്കണ ഗായതയായിട്ട് കാണാവുന്ന ഒരു കണ്ണുണ്ടെങ്കിൽ റാത്ത് വേറെ സിഫാത്ത് വേറെ കാണാൻ എന്നുള്ളതാണ് കാര്യം ഉണ്ടാവുക അതാ ഉജോതി സ്വമോതി എന്ന് പറഞ്ഞാൽ അപ്രകാരം കാണാൻ കഴിയൂല അതേ അവസരത്തിൽ ഇതുതന്നെ അപ്പൊ അതുമുജോയിൽ വാത്തിട്ട നോക്ക് സിഫത്ത് മൂന്നേ ഇല്ലേ പസ്സിഫത്തിൽ അവരിടത്തിൽ സിഫത്ത് എന്ന് പറഞ്ഞാൽ മാ സഹഅ കാണപ്പെടൽ സഹി നമ്മള് കണ്ണിനെന്തോ ഹിജാബുണ്ട് എന്നാണ് മുമ്പ് പറഞ്ഞു സിഫാത്ത് കാണാത്തത് സിഫാത്തിന്റെ പുറവല്ല കണ്ണിനെന്തോ ഹിജാബുണ്ടു എന്താണ് ഇജാബിന്റെ കാരണം എന്ന് ഡോക്ടർമാർക്കൊന്നും പറയുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല നമ്മളെ കണ്ണുകൊണ്ട് എന്തുകൊണ്ട് മാനവീയത്ത് കാണുന്നില്ല അപ്പൊ മഹജൂബ് എന്നല്ല മഹത്തജിബു എന്ന് പറയണമെന്ന് അല്ലൊരു കാണിയുടെ ഭാഗത്ത് ഇജാബ് ഉള്ളതുകൊണ്ട് കാണപ്പെടാത്തതിനാൽ മഹത്തജിബു അള്ളാഹു താരാനെപ്പറ്റി മഹജൂബു എന്ന് പറയാൻ പാടില്ല മഹത്തജിബു എന്ന് പറയാമെന്ന് പറഞ്ഞിട്ടല്ല ഇസ്ലാലി അള്ളഹാനെ പറഞ്ഞാൽ എന്താ അത് സ്ഥാപിതെന്നാ പറയരുത് ഹാരിജി ഹാർജിന് സുബൂത്ത് ഉണ്ട് എന്തല്ല ഭജൂത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ല സുബൂത്ത് ഉണ്ട് വലസ് കാണപ്പെടാട്ട് ചെയ്യും ചെയ്യില്ല ഇതാണ് ഹാരിന്റെ അവസ്ഥ അത് ഇല്ലേദിഹി അള്ളാഹ് വാജിബാണ് എന്നല്ലീ പറഞ്ഞ അപ്പൊ പണ്ട് കണ്ടുണ്ട് അച്ഛനിയായ അച്ഛനിയായ ഉജുബാ പണ്ട് പറഞ്ഞു അച്ഛനിയായ ഉജുബെന്ന ഇന്ത്യപ്പാൻ രീകരിക്കാത്തത് അപ്പോൾ ഇപ്പൊ നിലവിലുണ്ട് എന്നും വന്നു എനി ഒരിക്കലും ഇല്ലായ്മ പണ്ട് ഇന്ദിഫാനാണ് അത് അഞ്ഞ് ആവർത്തിക്കുന്നതാണ് അതിന് ഒന്നും കൂടെ വ്യക്തമാക്കിയത് അണ്ടപോലായക്കുള്ള ഇന്ത് അതലൻ അതൽ എന്ന് പറഞ്ഞ അപ്പറുടെ തല അബദ്ധിന്ന് പറഞ്ഞ ഭാവിയുടെ തല അദലൻ എന്ന് പറയുമ്പോ അപ്പുറത്തെ തലക്ക് ഇന്ദിപ്പായില്ല ആ ബദൻ എന്ന് പറയുമ്പോഴും ബക്കാളുണ്ടെന്നും വന്നു അപ്പൊ ഋജു അതിന് രണ്ട് തുറക്കല്ലേ ഒന്നപ്പുറം ഒന്നിപ്പുറം ആ രണ്ടിനും ഹിന്ദിപ്പായ വരില്ല അപ്പൊ മുമ്പ് ഒരമ് താതിക്കായിട്ടില്ല എന്നാണ് അകലൻ ഇനി ഒരു അതിമു വരാനും ഇല്ല എന്നാണ് ആ ബദൻ പിന്ന അല്ല അത്മുഹ അതിമു അതുമുഹു അതിന്റെ അറിമ മുനേ അല്ലേ അതെന്താ നിമാരിന്റെ താരിബ് പറഞ്ഞാ മാലയക്കമ്മലുള്ള സുബൂത്തു പറഞ്ഞാലോ വാജിബിനെയും പിന്നെ ഗുരുദിനെയും അതിമി രണ്ടും സ്വീകരിക്കുന്നത് അതെ അമ്മ പറഞ്ഞിട്ടുണ്ട് അതന്നെ ഗുഹ കൊണ്ടുവരികയാണ് എന്താ ഖുർഹാനെ അഖലിയായു കൊണ്ടുവരുന്നു അള്ളാഹു സുബാന ആ പണിത്തരങ്ങളുടെ ഗുരുതാണ് അള്ളാഹു മപ്പുറം തെളിവായിട്ട് നോക്കുന്നത് അക്കലിയും നക്കലയിൽ കൊണ്ടുവരും പണിത്തരത്തിനെന്താക്കും ആയാത്ത് കൊണ്ടുവരും അപ്പൊ നക്കലിയായ പണിത്തരല്ല ആയാത്തിന്റെ ഉള്ളിൽ ആഴത്ത് ചിന്തിക്കാൻ പറയും അത് കണ്ടില്ലേ ഇത് ശാസ്ത്രീയമായി അപ്പൊ എന്താ അക്കലീ നിയുമായില്ല തഖാല അവറു കേട്ടു അവടെ നിരിയോളെ കാലു ആ വൈകടയായാ അവറു പറയുന്നു ലൗകാന ഹാദിതൻ ലകാന അദമുഹു മുതഖദ്ദിമൻ അലൈഹി എന്താ കലിയവർ അട്ട ശർതിയയ കലിയാണ് കൊണ്ടിരുന്നു ലൗകാന ഹാദിതൻ അഹ്ലു സുന്നത്തെ നിങ്ങൾ പറയും പോലെ ആലമു ഹാദിസായിരുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്ന വാനാക ഹാദിസായിരുന്നുവെങ്കിൽ ഒരു മാനാക്കി രണ്ടാൾ ആദ്യത്താന്ന് പറയുന്നുണ്ട് എങ്ങനെ ഒരു പഠിച്ചോലിലേക്ക് ആവശ്യമുണ്ട് എന്നല്ല അനുദൂതാണ് രണ്ടാളും പറയുന്നു നമുക്ക് ചർച്ച അതല്ല നിങ്ങൾ പറയുന്ന മാനാക്ക് ആദിത്തായിരുന്നുവെങ്കിൽ ലക്കാല അതിന്റെ താലിയത് ലക്കാന അതുഹു അപ്പാൾ ആലമിന്റെ അതുമാകും ആലമിനുതാകും അതുമുന്തിന്നല്ലേഴുതാണ് അപ്പൊ ഇവിടെന്തെല്ലാം പറഞ്ഞു ഒഥമുണ്ട് അതമിന് ശേഷമുള്ള ആലമിന്റെ പുതിയൂതുണ്ട് ഈ ആലമിനാക്കാണ് അതുമു സാധ്യത ആകല്ലാജുമല്ലേ അല്ലേ ആ അപ്പോൾ ഈ താരി പ്രശ്നം ലക്കാന അതുമുഹോ മുത്തക്കിമൻ എന്ന് പറഞ്ഞ ആ അതുമു മുത്തീമൻ മുത്ത അത്മാക്കത്തീമൻ താരിയിൽ പ്രശ്നം നാലു കലക്കിയ മുക്കത്തമു പത്തിലായി അപ്പൊന്ന് പോകുന്നല്ലേ നോക്കി പറഞ്ഞു തീർത്തിട്ടില്ലേ അൻവാി തകർത്തുമിന്റെ അൻവായ് അഞ്ചെണ് തക്കത്തുമ്പിന്റെ അൻപക അഞ്ചുണ്ടാവും അഞ്ചിൽപ്പെട്ട ഏതെങ്കിലും ഒരു തക്കത്തുമ്പോൾ വേണം എന്താണ് ഒന്ന് തപഴി തബന്ന് പറഞ്ഞ തക്കത്തുമ്പിൽ ജുസുകി അകൽ കുല്ലി ഒരു കുല്ലുണ്ടാകണമെങ്കിൽ അതിൽ ജുസ് ആദ്യം വേണ്ടേ ചായ എന്ന് പറഞ്ഞത് കുല്ല് ഈ ചായയാകുന്ന കുല്ല് പലരും കൂടെ കൂട്ടി ജോയിന്റ് ചെയ്ത വാരി ഒരു കോമ്പിനേഷനാണ് പുല്ലി ഈ കുല്ല്ണ്ടാകണമെങ്കിൽ അതിന് ആദ്യമായിട്ട് എന്ത് വേണം അതിന്റെ അജിതാക്കൾ വേണം അജിതാക്കൾ വേണ്ടേ അപ്പോൾ കുല്ലിനേക്കാണ് ജുസിനിന്റെ തക്കത്വമുണ്ട് എന്ന് പറയാം അല്ലെ എന്താ തക്കത്തുമക്കത്തുമെന്ന് വരുന്ന അല്ലെ അതിവിടെ അടക്കൂലാ നിക്കാം ഇതുകൊണ്ട് കുല് ഏതായിരിക്കും ഗുരൂതില്ല ആലമും അല്ലെ മുണ്ട് ഏതാ അതമ അപ്പൊ അദമിയായ കുറെ കാര്യങ്ങൾ അതമും പഴയവിടെ കൂട്ടിയിട്ടാണോ ആലമിന്റെ ഉരൂതുണ്ടായത് എന്ന് പറഞ്ഞാൽ അടക്കൂലല്ല ോ അപ്പൊ അതമെന്താകല്ല മൗജനത്തിന്റെ ജുസു ആഗാനെ നിവൃത്തിയില്ല അപ്പൊ തപായ വെറ്റൂട തിന്ന അതാ തക്കത്തുമ്പിൽ ഈ ജുസുന്റെ തക്കത്തുമ്മ പോലെ അല പുല്ലിനാണ് വഹുവ ഈ തപായി തക്കത്തുമ്മു എന്ന് പറഞ്ഞാൽ എന്താ അഞ്ഞക്കൂല സ്ഥാനി താനിയുടെ പുല്ലിൽ പുല്ലാവരാണ് മൊഹത്താജൻ അക്ബലി അവരിലേക്ക് മെഹത്താജാവലി ുതിയിലേക്ക് അത് തന്നെ എങ്ങനെയാവണം മിൻഹായിരഞ്ഞക്കൂരല്ല അവലില്ലത്തൻ ഈ സാനിയിലുണ്ടല്ലോ അവല ഇല്ലത്താകാൻ പാടില്ല അതാണ് ഇല്ലത്തും തപയ വ്യത്യാസം മിൻഭായിരഞ്ഞക്കൂരല്ല അവല ഇല്ലത്തൻ എന്ന് പറഞ്ഞത് എന്താ ഇല്ലത്തും തകരം വേർതിരിക്കാനുള്ള കാര്യം ഇല്ലത്തെന്ന് പറയുമ്പോ ഈ സാധനം ഉണ്ടാവലോടൊപ്പം മറ്റുണ്ടായിക്കൊള്ളല്ല അതേപോലെ തരത്തിൽ ജ്യുണ്ടാവലോടൊപ്പം കുല് ഉണ്ടായിക്കൊള്ളന്നില്ല അത് മുണ്ടച്ഛരായാലും മതിയല്ലേ പൊടി വേറെ പാല് വേറെ പഞ്ചസാര വേറെ നാല് നാല് പാത്രത്തിലാക്കി മുന്തശിലായാലും പറയാമല്ലോ ജ്യൂസ് മുത്തക്കത്തി അതാ തപാക ഇല്ലത്താവുന്ന അവസരത്തിൽ ഈ ഇല്ലത്ത് ഉണ്ടാവലോടുകൂടി തന്നെ ആരൂര് ഒപ്പന്തനാജ്യമാക്കണം ഇടുകിഴിയാൻ പാടില്ല അപ്പൊ തപാകം ഇല്ലത്തും വെറുതെ ഇരിക്കാനുള്ളൊരു കാരണമെന്നതിൽ മിൻ വയനക്കൂലല്ല അവര് ഇല്ല തീരെ ഒഴിവാക്കിയത് അല്ലെങ്കിൽ ഇല്ലത്തായി മാറും ഇപ്പ് വീണ്ടും ഇല്ലത്ത് നിന്നുണ്ട് അപ്പൊ ആവർത്തന ഈ ഓറും രണ്ടാമത്തെ കഥ ഇല്ലത്താണ് ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ നിലത്തെ പറഞ്ഞ മാതിരി ഈ മോതിരം അനങ്ങണം എങ്കിൽ കയ്യനക്കണം കയ്യനക്കൽ ഇല്ലത്താണ് മോതിര അനങ്ങലോ അതിന്റെ മരൂടി പറഞ്ഞത് ഏതിനാ തക്കത്തൂന്ന് ഇല്ലത്തിന് തക്കത്തുമ്പുണ്ട് പക്ഷെ പറഞ്ഞാൽ സമാനിയല്ല ഒപ്പം മറ്റൊരു സമാനിയാത്ത ഇതാണ് രണ്ടാമത്തെ തക്കത്തും അതുകൂടെ പറഞ്ഞാൽ ഇവിടെ എന്തോന്നറിയോ അതമ്മ മുത്തക്കീമ് അതമാണ് ഇല്ലത്ത് എന്തിന് മുജൂദിനെ ഇല്ലത്ത് കൂടി മുജൂദുണ്ടായിരുന്നു വരണ്ടി വരും അതൊന്നും നടക്കൂല രണ്ടെണ്ണം പോയി മുത്തക്കഥമേതെന്ന് മനസ്സിലാക്കണം അതാണ് മുത്തക്കത്തീമ് അപ്പൊ അതമോട് കൂടി മോജൂതായി അതമ അതമാണ് ഇല്ലത്ത് ഇതിന് മുജൂതി അത് പറഞ്ഞ നടക്കൂലല്ലോ അതും പോയി രണ്ടെണ്ണം പോയില്ലേ പിന്നെ ഷറഫാണ് ഷറഫ് എന്ന് പറഞ്ഞാൽ പറയാം ഒരു ഇമാമ ഒരു മോമോമുണ്ട് ആരിക്കാ ഷറഫത്തിന്റെ തക്കത്വം ഇമാമിന് ചെറുഫുണ്ട് കാരണം ഇമാമെങ്കിലേ മോമമിന് അനക്കം പാടുള്ളൂ അപ്പൊ ഒരു ഷറഫുണ്ട് നബീസി വസ്ല്ലം തങ്ങൾക്ക് എന്താ ഷറഫിന്റെ തക്കത്വമുണ്ട് തങ്ങളെ ഓർഡർ കൊടുത്താലേ മറ്റുള്ള കമൻസ് ചെയ്യാൻ പാടുള്ളൂ ഒരു ഷറഫിന്റെ തക്കത്തും ഇതേമാതിരി ഒക്കെയാണെങ്കിൽ അതമാണ് മുത്തക്കിമ് എന്തിനെ കാണാ അരമിന അപ്പോൾ അതമ്മിന്റെ ചെറുഫുണ്ട് ആരേക്കാൾ ക്കാട് ആലമിന്റെ നടക്കില്ലല്ലോ ആ തക്കത്തുമ്പോ പോയി പിന്നേതാ ബാക്കിയുള്ളത് മക്കാനാണ് മക്കാനിയായ തക്കത്തും ഇങ്ങനെ വെച്ച് ഇതിനേക്കാളും മുമ്പിലേറി ഇത് മക്കാനിയായ തക്കത്തുമെന്ന് ഏതായാലും ബസ്സിലിരുന്നാല് യാത്രക്കാരെ അപേക്ഷിച്ച് ഡ്രൈവർക്ക് തക്കത്തുമുണ്ട് മുമ്പിലാ ഉള്ളെന്ന് പറയാലോ ചിലപ്പോ രണ്ടും കൂടെ വക്കാൻ ചെയ്യാം ഷറഫും ഇമാമിൻ്റെ ആടാ നോക്ക് ഇമാമിൻ്റെ ആടാന്നുണ്ട് മക്കാനിയായ തക്കത്വമുണ്ട് ഷറഫിന്റെ തക്കത്വമുണ്ട് അപ്പം പരസ്പരം വരുത്തിയില്ല അപ്പൊ അതുകൂടെ നടക്കൂല പിന്നെ ലാസ്റ്റ് എന്തുണ്ട് ജമാനിയായ തക്കത്തുമുണ്ട് മകനേക്കാൾ ഉപ്പാത്ത തക്കത്വം ഉണ്ട് നോക്കാം ഷറഫിലും ഉണ്ട് ജമാങ് കൊണ്ടും ഉണ്ട് ഉപ്പാതി ഉണ്ടായതിനു ശേഷം പ്രായപൂർത്തി എത്തിച്ചല്ലേ മുറുണ്ടാവുകയുള്ളൂ ജമാനിയായ തക്കത്തുമുണ്ട് ഇങ്ങനെ അഞ്ച് തക്കത്തുമ്പിൽപ്പെട്ട ഏതെങ്കിലും തക്കതും പറയണ്ടേ ഉചോദിനാക്കാണ് അതമിന് തത്വമുണ്ട് അഞ്ചിൽപ്പെട്ട ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാലും ബാത്തിലു ലാസ്റ്റ് നിർദമാനിയായ തക്കത്വമുണ്ട് എങ്ങനെയാണ് അതമിനെ അതമ്മ കുറെ കാലം മുമ്പേ ദമാൻ കൊണ്ട് മുത്തക്കഥിയുമായിട്ടുണ്ട് അല്ലേ ആ എന്നെ നമുക്ക് പിടിക്കാം വൻ അറുപത്തുൽ ഉപലു ആദ്യം പറഞ്ഞ നാലെണ്ണം ഏതൊക്കെ ഇല്ല ഷറത്ത് മക്കാൻ ഈ പറയപ്പെട്ട നാല് തക്കത്തുമാ തസ്യും ഹുന നമ്മുടെ ഈ വിഷയത്തിൽ ശരിയാകൂല ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഹുന എന്ന് അതായത് തക്കത്തുമുൽ തപ് തക്കത്തുമുൽ ഇല്ലത്ത് തക്കത്തുമുൽ ഷറത്ത് തക്കത്തുമുൽ മക്ക ഓരോന്ന് പറയാൻ കണ്ടോ കുട്ടി ചേർന്ന ലിയന്നൽ മുത്തീം ഇവിടെ മുത്തക്കിമേതാണ് അദമാണ അപ്പൊ അതമ്മന് ഇത്രയും പോയിസാൽക്കാൻ നമുക്ക് ഒരു വകുപ്പുമില്ല കഥയിനെ പോയി കൊടുക്കാനും കഴിയില്ല ചെറുപ്പിന്റെ പോയി കൊടുക്കാനും കഴിയില്ല മക്കളിന്റെ പോയി കൊടുക്കാനും കഴിയൂല പിന്നെ ഇല്ലത്തിന്റെ പോയി കൊടുക്കാൻ ഒട്ടും കഴിയൂല അതമാണല്ലോ മുത്തക്കദ് അല്ലേ അതുകൊണ്ടാണ് വൽ മുത്താസർ ആണെങ്കിൽ മുജൂദാണ് മുത്തക്കി മുത്താശ് തമ്മിൽ കളി വെച്ചാ അപ്പൊ വല എസി അഞ്ഞപ്പോണിൽ അതമ്മ തോ തൽ ഇല്ലത്തി വഷറഫി വൽമക്കാൻ അവസാനത്ത് അജീന ഇത് ദമാനിയാ തെ ദമാൻ യാ തത്വം ഇവിടെ ഉണ്ട് നമ്മൾ സമ്മതിക്കേണ്ടി വന്നു അതവിൽ അല്ലേ ആ നമ്മൾ വിട്ടിട്ടില്ലേ വൽഅമു അതമ നല്ലത് ഇന്തക്കും നിങ്ങളെടുക്കല് സുനിവാഡ പറയുന്നു അജലിയാണ് അദമസലിയന്നോ അസലിയും കദീമും ഒന്നാണോ രണ്ടാണോ ചർച്ചയുണ്ട് തിലംസാനിമാം പറയുന്ന രണ്ടും മുസാഫിയാ എന്നാണ് എല്ലാ അസലിയും കദീമാണ് കദീമെല്ലാം അസലിയുമാണ് രണ്ടും ഒന്ന് തന്നെ ഇവർ വ്യത്യാസമേ ഉള്ളൂ മുസാവി സാധനങ്ങൾ തസാവി പറഞ്ഞില്ലപ്പോ ഒരു സാധനം രണ്ടും ഒന്നാകും അസാനും ബഷറും ഒന്നാണ് അല്ലെങ്കിൽ രണ്ടും വൈരുദ്ധ്യമാണ് അല്ലെങ്കിൽ മൂന്ന് മുപ്പ സോസ് മുട്ടലൊക്കെ ആകണം അല്ലെങ്കിൽ ഒന്നു മുപ്പം മിമ്പരിയാണോ മട്ടിക്ക് നിർവേദിപ്പം വരുന്നതാണ് അസലിയും കഥയും രണ്ടും മുസാവി ആണ് തിലംസാരിമാമിന്റെ പോക്ക് നമ്മൾ സെന്യൂസൈക്ക് സെറഹുദ്ദാം സെഹുദ്ദീൻ തസ്താസാനിമാം പറയുന്നത് കദീം എന്നുള്ളത് അഹസ്താണ് അസലി ആമു ആണ് അപ്പൊ എല്ലാ കഥീമും അസലിയാണെന്ന് പറയാ അസലിയെല്ലാം കദീമായിക്കൊള്ളുന്നില്ല എങ്ങോപ്പ് മുത്തലക്കാണെന്നോ ഏത് മറ്റൊര് പറയുന്നത് കദീമെന്ന് പറഞ്ഞ മുജൂതിയായ സാധനമാണെന്നോ അപ്പൊ അല്ലാണ്ട് നാത്തു പോലത്തെ സിഫാത്ത് പോലത്തത് അന്ത ഉള്ളൂ കദീമെന്ന് ഒസ്ഫോറിയുള്ളൂ തനിച്ച അദമതാ അതമെന്ന് അല്ല നമ്മക്കൊരു ഇല്ലായ്മ ഉണ്ടായി ഇല്ലായ്മ അറ്റുണ്ടാ അപ്പൊ ഇല്ലായ്മക്ക് കിരമെന്ന് പറയുന്നത് അത് അലമിയാണ് മുജൂതിയല്ല അതുകൊണ്ട് അസലീന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ രണ്ട് കൊലപ്രകാരം അസലി മുസാമിയാണെന്ന് പറഞ്ഞാലും കദീമ് തർത്താദാനിമാമിന്റെ കൊലപ്രകാരം കദീമിനെ കാണാം ആം അസലി രണ്ടു കൊലപ്രകാരം അസലീന്ന് പറഞ്ഞ കൂട്ടാവുന്നുണ്ട് അലമെന്നുള്ള അസലിയാണ് നിങ്ങൾ മുസാറിന്ന് പ്രകാരം കദീമെന്ന് അർത്ഥം കൊടുത്താൽ തിരക്കുള്ള മുഹമ്മദ് മുത്തലാൻ്റെ വിലക്ക് ആമ്മാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഏതാണ്ട് അദമ എന്നുള്ളത് അദലിയ സമ്മതിക്കുന്ന കാര്യം അദലി ആമ്മാണ സദീമിയുണ്ട് എന്ത പോലുണ്ട് അപ്പൊ അദമെന്നുള്ളത് അദലിയല്ലേ അപ്പൊ ഈ അദമിന്റെ സമാനയായി തകത്തുമ്പോൾ നിങ്ങളിപ്പോ നമ്മുടെ മലയകുട്ടിയെ സംബന്ധിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ അതും സമാനിയ തക്കത്വം ഉണ്ട് നിങ്ങൾ സമ്മതിച്ചേ അതിരി അജലി അതമ്മില് ജമാനിയാ തക്കത്വമുണ്ട് തക്കത്വമുണ്ട് നോക്കുമ്പോൾ അതമാണെങ്കിൽ അതിരി ആണ് അതിരമ്മ ജമാനിയ തക്കത്തും അസലിയെന്നോന്നില്ല പിന്നെ മുമ്പ് ഏഹ് ജമാനിയ തക്കത്തും അസലിയാണ് അപ്പൊ ആലമ ജമാന ആലമിന്റെ ഒരു ഭാഗം ഒരു ഒരു വസ്തുവല്ലേ ജമാനെന്നല്ലോ ജമാനെന്നുള്ള പലപ്പിന്റെ ഈ റക്കത്തിന്റെ വിഭാഗത്താണോ ജമാനുള്ളതെന്ന് നമ്മളെ വായിച്ചു കിടക്കുന്ന ഈ ഓരോ ഗഡുക്കളുണ്ടല്ലോ ഇങ്ങനെ ഓരോ അറക്കത്ത് ഈ അറക്കത്തിന്റെ കുറെ തന്മാത്രകളാണ് കൂട്ടിച്ചേർന്ന ജമാനകുന്നതോ അപ്പം കഥ കുട്ടികൾ കണ്ട ഇങ്ങനെയാ പറഞ്ഞത് അതമെന്നുള്ളത് മുത്തക്കത്തിമോ എങ്ങനെ മുത്തക്കും സമാന ചെയ്യാത്തക്കത്തുമോ അതമാണെങ്കിലോ ഈ തക്കൊണ്ട് വസ്തുപ്പ് സിദ്ധിച്ച അഥമാണ് അസരിയാ അസരിയാവുന്ന അവസരത്തിൽ ഇതിന്റെ സമാനം അസരിയാവണം അപ്പൊ നമ്മൾ അതം പ്രതിമ ലഭിക്കാം ഫസ്തമാനുള്ളതി അപ്പോൾ ഒരു സമാനം എങ്ങനെയുള്ള സമാനം അല്ലെ നിങ്ങളുടെ സമാനാണ് യഥകദ്ദമോ അഥമ മുന്തിയിട്ടുണ്ട് ബിഹി ദമാ കൊണ്ട് മുന്തിയിട്ടുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ളതായ ദമാന് കതാലിക്ക ഇതേമാരെ അസലിയാകണം അസലിയായ കഥയും പോയി അപ്പൊ ദമാങ് കഥയും ആണ് എന്ന് വന്നല്ലോ ചിരട്ടില്ല യഥക്കദ് മൂലീർ എടുത്തേക്ക് മുടക്കണം ജമാനിലേക്ക് മുടക്കണം ബിഹിന്റെ ഹീന തമീരടുത്തേക്ക് മുടക്കണം അതമ അപ്പൊ ഏത് അതമ കൊണ്ടാണോ മുത്തക്കഥമായത് ജമാൻ കൊണ്ട് ആ ജമാനെ കഥീമാണെന്ന് തോന്നുന്നു അല്ല ഞാനിപ്പം പറഞ്ഞിട്ട് രണ്ടു പറഞ്ഞാൽ ഒട്ടര കണക്കന്നെയായി പറഞ്ഞിട്ടുണ്ട് അതെ നമ്മടെ മറുപടി ജവാബു ഹാദിഹി ഈ രണ്ടാം ചോദ്യത്തിന്റെ മറുപടി ഓ ജവാബുൽ ഊരാ ഒന്നാമത്തെ എന്താണോ ജവാബ് അത് തന്നെ കാരണം നമ്മുടെ അത് സമാനീയായ തക്കത്വം ഇല്ലാത്തക്കത്തുമോ ദാത്തി മാത്രമേ ഉള്ളൂ നമ്മക്കീന്ന നിങ്ങളല്ലേ ഇതാക്കിയത് സമാനയായ കിടമ പിന്നെ ദാത്തീയായ കിടമ് ജമാനീയായ ഹുദസ് എന്നൊക്കെ തരദിച്ചത് നമ്മക്ക് ദാത്തീയായ ഹുദുവസ് ദാത്തിയായ എന്തെല്ലാം ആട് വേറെന്നില്ല അങ്ങനത്തെ ഒരിനം നമ്മൾ സമ്മതിക്കൂല നമുക്കില്ല അതെന്താ നമ്മളെ ജവാബ് ബഹുവ അന്ന ഊനാക്ക തക്കത്തുമ്മൻ ദാത്തിയം മിൻകൈ ജമാൻ അതാണ് നമ്മൾ ഒന്നാമത്തിന്റെ മറുപടി പറഞ്ഞത് ജമാൻ ഇല്ലാതെ കണ്ട് ദാത്തിയായ തക്കത്തുമുണ്ട് ദാത്തിയായ തക്കത്തുമെന്ന് പറഞ്ഞാൽ ഉദാഹരണ തക്കത്തുമ്മിൽ മാതി അനൽ ആ ഇപ്പോഴുള്ളൊരു ആനലാണ് ഇപ്പുള്ളത് ഇപ്പുള്ളതിനാൽക്കാണെ മാലിക്കുന്നൊരു തക്കത്തുമുണ്ടല്ലോ ദാത്തിയായ തക്കത്തും വന്ന കഴിഞ്ഞൊരു നിമിഷം കഴിഞ്ഞൊരു നിമിഷം അതാണല്ലോ മാലി അപ്പോ ഇപ്പ ഉള്ളൊരു വർത്തമാന കാലത്തിനേക്കാണ് കഴിഞ്ഞ കാലത്തിന് മാലിക്ക് തക്കത്വം ഈ തക്കത്തും സമാനിയായ തക്കത്വം അല്ല ദാത്തിയായ ആ അതാത്തിയായ തക്കത്വം ഓരോരുത്തരുടെ തക്കത്തുമേ ഇവിടെയുള്ളൂ നിങ്ങൾ വന്ന സമാനൊന്നും കൂടി പിടിക്കാൻ നമുക്കില്ലാ അപ്പൊ ഷർത്തിയ കളിയ കൊണ്ടാണ് നമ്മളെ ഇപ്പോഴുള്ളത് നമ്മൾ സമാനീയ കൊണ്ടല്ലേ കണക്കുകൂട്ടുന്നത് ആദീസായ കൊണ്ടല്ലേ പക്ഷെ ഇപ്പം താത്തിയ തക്കത്തുമുണ്ടല്ലോത്തിണ്ടല്ലോ ഇല്ലത്തിനുള്ളത് നമ്മളെ കയ്യിലും കണക്കയച്ചു ഇവിടെ മുതലുമ്പോ തക്കത്തും ദാത്തി തന്നെയാണല്ലോ അവിടെ സമാനീലല്ല അതോ പറയുന്നത് എങ്ങനെ പറഞ്ഞു ബി ബുജു സിംഗത്തി പടച്ചുണ്ടാക്കിയ വസ്തുക്കൾക്കാണ് സുഹത്ത് എന്ന് പറയുന്നത് അത് മുഖേന ഞാൻ തെളിപടിക്കുന്നു ഇതാന്ന് പറഞ്ഞിട്ട് നാത്ത തൊട്ട് സ്വർഗം നീലല്ല ഇസ്തിലാലാവുന്ന കാരണം ലാഹിറുൻ വളരെ വ്യക്തിതമായ കാര്യമാണ് ബി അന്നുല്ല അസലിൻ ഏതൊരാസാറുകളും ഒരാസറ് അസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേശ ഒരു അസറ എന്ന് പറയാം അപ്പൊ ഇതൊരാശാരിപ്പണിനെ പോലെ അറിയിക്കുന്നുണ്ട് ഒരപ്പം ചൊട്ട് കഴിഞ്ഞാൽ അതൊരസറന്നു അതൊരു പണ്ടാതി പണിനുള്ളിൽ അറിയിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ മാതിരി ഏതൊരസറും യഹുദീ അത് വഴി കാട്ടും ഇരാ മൊഹത്തിരി അതിന്റെ പിന്നിൽ ഒരു മൊഹത്തിരുണ്ട് എന്നതിലേക്ക് വഴി കാട്ടും എന്നത് കൊല്ലിയായ ഫൈബ് എന്ന് വെച്ചു ആ നിലക്ക് ഭാഗത്തെ നീ ഇവിടെ നിങ്ങൾ എത്തിബാറ് ചെയ്തോ കണ്ടതിൽ നിന്ന് ഇങ്ങനെ കണ്ട ആധാറുകളിൽ നിന്ന് അപ്പൊ നീ കയറി കൽപ്പുകൊണ്ട് കണ്ടതിൽ നിന്ന് അറിയപ്പെട്ടതിൽ നിന്ന് അറിയപ്പെടാതെ ആ കയറിലാണ് എത്തിബാറു എന്ന് പറയും ി ബാരി ഫിക്കിരി കാര്യത്തില്ല ഇപ്പം അബറ അബറ എന്ന് പറഞ്ഞെന്താ പാലം കിടന്നാണല്ലോ ഈക്കരയിന്ന് അക്കരയിലേക്ക് പാലം കടക്കുക എന്ന് പറഞ്ഞ മാതിരി കാണപ്പെട്ടതിൽ നിന്ന് മനസ്സിങ്ങനെ കടന്നിട്ട് കാണപ്പെടാത്ത ഇത് കിടക്കുക അതുപോലെ മജഹൂരിൽ നിന്ന് മാലൂമിൽ നിന്ന് മജുഹൂരിലേക്ക് കിടക്കുക ഇത് ലാഹിയോൺ എന്നുള്ളതിന്റെ അർത്ഥം എന്താ അതിൽ ദുഹൂരി വ്യക്തിതമായ കാര്യമാണ് أنالعالم أثر عالم وراثران ينظر مكاللار قريا أثرنا شعي سنعت الله تعالى برسند ذاكير وستوان هذا الإمام الرح نام انبو غرن تند من أنه حادث هذا حادثان انبو غرن تند وكل أثر يلا أثر قلن يهدي إلى مؤثر هذا مؤثر لك بريقاتك إنجي ابا قولا داعفور شاكرا ملن داكير اللو قرآ അതുണ്ട് അത പറഞ്ഞു പറഞ്ഞ ഇത്ര പോകും ഞാൻ അവര് ഉണ്ടാവില്ല അത് കൊണ്ടും മിണ്ടിണ്ട് അപ്പൊ ഇത് ഒരു ശക്കിലമ്പല നോക്കതാ അന്നൽ ആലം അസറുൻ എന്നതാണ് അതിന്റെ സോറ അല്ലേ അസരിൻ എന്നതാണ് എന്റെ കുബ്ര അപ്പൊ ശക്കിലമ്പല ഷക്കിലമ്പലൊക്കെ ഇല്ലേ ആ അപ്പൊ نورم انل <سؤال> العالم <سؤال> يهد الى مؤثرن ان لغت تشيلو அதಾನು فعت بریز বল거든요 എന്നല്ലേ മുഅസ്സിർ അതെ യഹദീ എന്ന് വိုက်ണ യുഹദീ എന്ന് വိုက်കണ്ടാണ് യഹദീ എന്ന് പറഞ്ഞാൽ ഹദിയ കൊടുത്തോർ അർത്ഥം കിട്ടുവല്ല അതടാ യഹദീ അങ്ങനെല്ല ഹദാ യഹദീ ആണ് കേലു കാണിക്കാനാണ് ബിഫതിഹിൽ യാഹി എന്ന് പറഞ്ഞത് الى مؤثرن اي يذل على صانعيه അതുണ്ടാക്കിയ സാനിയന്റെ മേലിൽ അതറിയിപ്പ് നൽകും എന്തുകൊണ്ടങ്ങനെ കാരണം എല്ലാ യുവാക്കളും സുന്നത്തും വിദോണി സാനിയൻ സാനിയനെ കൂടാതെ കണ്ട് സുല്ലത്തുണ്ടാവുക എന്നുള്ളത് മാക്കോലെയല്ല അഖിലല്ലേ സമ്മതിക്കൂല അങ്ങനെ ഉണ്ട് എന്ന് വെക്കുകയാണെങ്കിലോ വൈല അങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ വൈല എന്ന് അതിൽ നിന്ന് വലിയ എടുത്താൽ എന്താണ്ടായാലും അങ്ങനെ മാക്കൂല ആകുമെങ്കിൽ സാന്നിഹില്ലാതെ സുന്നത് ഉണ്ടാകുമെങ്കിൽ ലതിമ തർജിഹുമിലൊറജിഹിൻ മുറജിഹില്ലാതെ കണ്ട തർജിഹുണ്ടാണ്ടി വരുവാണ് എങ്ങനെയാണ് സുന്നത്ത് മുഴുവനും ഹാരിസ് ആണ് കൊണ്ട് നമ്മൾ ഹാരിസ് ആണെന്ന അവസരത്തിൽ അതിന്റെ വുജൂദും അതുമലോക്കെ വുജൂതിന്റെയും അതിമിന്റെ തട്ടി രണ്ടും തുല്യമായിട്ട് കിടക്കുന്നു ഈ തുല്യമായ രണ്ട് സാധനത്തിൽ നിന്ന് വുജൂദിന്റെ ഭാഗം രാജി ആകണമെങ്കിൽ എന്തുവേണം ഇവിടെ ആരോരു മുറജണം തുലാത്തിന്റെ രണ്ട് തട്ട് ഒരേ തൂക്കത്തിലേക്കാൻ നിൽക്കുന്നു ഒരു തട്ട് താകണമെങ്കിൽ ഒന്നുകിലിവിടെ കലം കൂടണം അതിലപ്പുറം കലം കുറക്കണം എന്തെങ്കിലും കാണുമ്പണ്ടേ അപ്പൊ അതിമിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് മുൻതൂക്കം കൊടുക്കണമെങ്കിൽ ഏതോ അധിത്തൻ അതിനെ ആക്കണം അല്ലെങ്കിൽ മുറജി ഉണ്ടാവില്ല മുസാദീൻ തർജി ഒപ്പം ഒരുമിച്ചൂടൂല്ല കണ്ടുവന്നിട്ടുണ്ടേ ഹുവ മൊഹാലും അത് മുറച്ചിയില്ലാതെ കണ്ടുള്ള തർജീഹ് മൊഹാലാണ് നിമാ മറാതെ മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് തനാക്കലൂരും തർജീഹാകുക എന്ന് പറഞ്ഞാൽ ഒന്നിന് തൂക്കധികവും മറ്റൊരു തൂക്കും കുറയിലുമാണ് ഒന്ന് രണ്ടും ഒരുപോലെ എന്ന് പറഞ്ഞ തസാബിയാണ് അവ തസാവിയും തറജിയും പരസ്പരം വരുത്തിയത് മറ്റൊന്ന് രണ്ടാമത്തെ കാരണം എന്താ പറഞ്ഞത് അഖവാ േക്കാൾ അലഹിന് തൂക്കം കൂടുന്നതാണ് വജൂദിന്റെ അതിമിന്റെ ഇടയിൽ അക്വയേതാണ് അതുമാണ് ഏത് ആദിത്തിന്റെ അസലിയായ വ്യവസ്ഥ അതുമാണല്ലോ ആ അപ്പൊ അതിമിന്റെ ഭാഗത്തിനേക്കാണാ അക്വയതിനെ കാണാ വുജൂദിന്റെ ഭാഗം മുൻതൂക്കം കൂടുമ്പോ അലാഫിന്റെ ഭാഗം മുൻതൂക്കം കൊടുക്കുന്നില്ല അതാപ് മറ്റൊതിലേക്ക് സഹായം ഉണ്ടായിക്കൊണ്ട് ഉണ്ടാകുന്നില്ലേ പണ്ടാത് അഭിപ്രായം മറ്റേത് അസലിയാണല്ലോ وإذا علم ثاني أرني قدنجال أن كل سننۃ تدل على صانعِ إذا دى وجود صانعها ايه السننتم ادن صانعينده وجودينเดเมลอരീكم എന്നു നമ്മൾ संबोधितു അഞാനൽ ഫഅതബിയ നീ എതിबार ചെയ്യണം എന്ന് അതാ എതിബാറ് അർണത്തിൽ നിന്ന് അറിയാതെയിലേക്ക് കൊടുnabla മാജുമിൽ നിന്ന് മദബോളയിലേക്ക് കൊടുടപ്പെടും അപ്പൊ നിയന്ത്രണോ ആകാശം ഭൂമിയോ ഏതെങ്കിലും ഒന്ന് ചർച്ചാ വിധേയമാക്കുക അതിൽ കൂടി സാനിനെ കണ്ടെത്താൻ വേണ്ടിട്ട് പറഞ്ഞു കറിക്കുവോ എന്തെടുത്തില്ലേ ജോഹറത്തിലേ പന്നൂർ ഗില നഫ്തിലി ആലമിൽ സുമ്മുഫിലി ആദ്യം ലഫ്സിലേക്ക് നീ കടന്നു പിന്നെ ആലമുൽ ഉൽവിയിലേക്ക് കടന്നു സുഫിലേക്ക് കടന്നു അത്രത്തി പണ്ട വേണ്ട ആദ്യം സ്വകലിലേക്ക് കടന്നിട്ട് ഒലിവിലേക്ക് വന്നിട്ട് എക്കൊള്ളാം ആദ്യം ആലമ നോക്കി നിനക്ക് നോക്കിയാലും കുഴപ്പമില്ല ഏത് ഇത്തിമാർ എടുത്താലും കുഴപ്പമില്ല ശരീരം ശരീരത്തിന്റെ ലോകത്തിന്റെ എല്ലാ അജായികും ഉണ്ടല്ലോ ശരീരത്തിന്റെ ഏതെങ്കിലും മതി ചെവിയോ കണ്ണോ മൂക്കോ ഏതെങ്കിലും ഒന്നിന്റെ സംവിധാനം നോക്കിയാൽ എത്ര സങ്കീർണമായിട്ടും എത്ര മാത്രം ദശക്കായിട്ടാണ് ഉള്ള ആൾക്കാരെ ഇതിനെ ഇനോളി പ്രവർത്തിപ്പിക്കുന്നത് ഒരു കിടിഞ്ഞോ എന്തെങ്കിലും നഷ്ടമാ രോഗം ശരീരം മുഴുവനെടുക്കണമെന്നില്ല അപ്പേതെങ്കിലും രീതിയിൽ നീട്ടിമാർ ചെയ്യണേന്ന് ഇപ്പൊ പറഞ്ഞുകൊണ്ടത് അത് അമ്മ കേറാന്ന് പറഞ്ഞാൽ അമ്മ നീ ഇരുന്ന് ചിന്തിക്കുക ആകാശങ്ങളുടെയും ഭൂമിയുടെയും മലക്കൂത്തിൽ നാസൂത്ത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പ്രത്യക്ഷമായിട്ട് പ്രകടമാകുന്ന കാര്യങ്ങൾക്ക് നാസൂത്ത് വരും അത് കണ്ടാൽ കൊത്ത് പറഞ്ഞ പകുതി ആർ നിരയെ കാണുള്ളൂ അതിനുള്ളിലേക്ക് ഇറങ്ങണം അതായത് മലക്കൂത്ത് ഇപ്പൊ ദക്കായ്ക്കിൽ ഹിക്കമി വളരെ ദഹയ്ക്കായ ഹിക്കുമത്തുകൾ ഉണ്ടാവും അതിൽ ഹിക്കുമത് ദക്കുന്നുണ്ടെ അതെ അലി തഅലഅബി ദാലിക്ക അത് മുഖേന നിനക്ക് അറിയാൻ കഴിയും അന്നപുൽ വാജിബുൽ ആ സ്വാണിയിൽ വാജിബുൽ ആയ ഒരുത്തനാകുന്നു മാലിക്കാണ് ലോകത്തിന് മുഴുവൻ ഓന്നെ കൺട്രോളിലാവുള്ളത് അതുകൊണ്ട് അധികാരം പറഞ്ഞത് അള്ളാഹുവിന്റെ അൽമൂദ് ഇങ്ങനെ അങ്ങോട്ടുള്ള നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ള ആർക്കാതെ എല്ലാവരും അവന്ന് ഈ ഭാഗത്ത് അൽ കാതുരാണ് വകൂതാണ് അലിയാണ് അദീമാണ് അലീമാണ് ഹക്കീമാണ് ഇത്രയും സിഫാസുകളുടെ മഹാലികളെല്ലാം കിട്ടുന്ന വാജിബുൽ വജൂദ് മാലിക്ക് മഴബൂതാണ് അത്രസീമൻ നോക്കണമെന്നില്ല ഇത്ര സിഫത്തായി വാജിബുൽ വജൂദ് മാലിക്ക് മഴബൂദ് കാതിൽ വസൂദ് അലി അദീം ഏറ്റവും പത്തോളം സിഫത്തായി ഇത്രയും സിഫാത്തുകളും അടങ്ങിയ ഒരുത്തനാണ് ഇത് പിന്നിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഹായ് അവിടെ വഴി നോക്കിയാണ് സെറഹ സർഹ നിങ്ങളും വായിക്കേണ്ടത്തെ സുമ്മർഹനൻ അവരുടെ ഒരു ചെറിയ ചെറ വായിക്കാനുണ്ട് അല്ല എക്ക് ബലി ആന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് ഇവിടെ വാജിബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അഖലിയായ ഉജൂബിന്റെ വയനാക്കാണോ പറഞ്ഞു വരുന്നത് എന്നായിരുന്നു അലിയായ ഉജൂബുമല്ല അഖലിയായ ഉജൂബുമല്ല അല്ലെ ചെറയ്യായ ഉജൂബല്ല ചെറയ്യായ ഉജ്യൂം ഭാഗമോ മുത്തല്ലഫിന്റെ ഒരു പണി ചെയ്യുന്ന നിർബന്ധമാണ് എന്ന് പറയാനാണല്ലോ അതല്ലല്ലോ ഇവിടെ ഒരു സാധനത്തിന്റെ വുജൂബ് മുജൂദ് വാജിബാണ് എന്നാണ് ആ വാദ്യം പിന്നർത്ഥം എന്താ അന്നവു ലായക്കുമല ഇഫാ അസരൻ വഹാബദൻ ഇപ്പോൾ അത് നിലവിലുള്ളതാണ് എനി ഇന്തിഫാ എന്ന് പറഞ്ഞ ഇല്ലായ്മ ഇല്ലായ്മ അസലിൽ സ്വീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ മുമ്പ് അതമ സാധിക്കഴിഞ്ഞില്ല അർത്ഥം ആ ബദൻ എന്ന് പറഞ്ഞാലോ ഇനി ബരാബുന്ന ഗുരുതിപ്പെലുണ്ടല്ലോ ഭാവി ഭാവിയിൽ ഇനി അതമന് സ്വീകരിക്കാനും പോകുന്നില്ല അതിനപ്പുറം പറഞ്ഞത് എന്താ ബാതു ാണ് എന്ന് നമ്മ സുബൂത്താക്കലിനാല് ലാജിമാകും സുബൂത്തൽ തിലമി ഇലമു സുബൂത്താണെന്ന് കിട്ടുമെന്ന് അതെങ്ങനെ അതാണ് ഏത് അദലൻ എന്ന് പറഞ്ഞു വന്നത് ഒരു സാദനത്തിന്റെ ബുജൂത് വാജിമാണെന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ ഇൽത്തിസാമിയ ദലാലത്താണ് പണ്ട് മന്ത്രിക്കൽ പറഞ്ഞിട്ട് ഇൽത്തിസാമിയ ദലാലത്ത് സമൂരിയാ ദലാലത്ത് മുതാബക്കിയ ദലാലത്ത് എന്നൊക്കെ ഈ ഇൽത്തിസാമിയ ദലാലത്താണേത് അതിന്റെ തുടക്കത്തിനും അതുമുണ്ടായിരുന്നില്ല ഭാവിയിൽ അതിമു വരാനുമില്ല ഭൂതകാലത്ത് അതങ്ങ് കഴിഞ്ഞു പോയിട്ടില്ലെന്ന് അതാണല്ലോ തിരുവല്ല പിന്നെ ആ ഭാഗത്ത് അതിമു വന്നിരുന്നുവെങ്കിൽ ഉണ്ടാകുക അവിടെ ഉചുവില്ല അപ്പൊ ഉചിപ്പോയില്ലേ വാജിബാണെന്നല്ലേ പറഞ്ഞു തന്നത് അപ്പം അതലൻ വ അപദൻ എന്ന് കൈകൊടുത്തതിനുള്ള വിശദീകരണ പറയുന്നത് വാജിബുൽ വുജൂതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വജൂത് വാജിബാണ് എന്ന് പറഞ്ഞാൽ അതിനാൽ ലാജ്യമായിട്ട് വരും ഇൻതിസാമിയ ദലാലത്ത് എന്ത് എസ് തൽസീമോ അത് ലാദ്യമാക്കും കിതമിന്റെ മേലുടെ അറിയിപ്പുണ്ട് എന്തിനു തൽക്കിതമി കിതം സുബൂത്താണ് അത് മുഖം ഏത് വാക്കി നിർത്താം നായക്കുമലോ ഇന്ദിഫലെന്ന് പറഞ്ഞതാണ് പറഞ്ഞതാണ് വൽബണ്ടാ രാജ്യമായിട്ട് വരും അപ്പൊ രാജ്യമായിട്ട് വന്നാൽ പിന്നെ പറയേണ്ടതില്ലല്ലോന്നല്ലേ അതെന്താക്കും അകീതന്റെ കിതാബില് ഈ രാജ്യം മാത്രം മതിയാക്കൂല രാജ്യമായാലൊന്നും എടുത്തു കുറയുന്നു അതറിയപ്പെട്ടെ കണക്കാക്കണ്ടാവും ലാസിമായിട്ട് അറിയപ്പെട്ടാലും ബുദ്ധിയോടില്ലെങ്കിലേ അങ്ങനെ ഒന്നുണ്ട് മനസ്സിന്റെ മനസ്സ് അപ്പൊ ബുദ്ധിയിലേക്ക് ഉണർത്താൻ വേണ്ടി ഒന്നും കട എടുത്തു പറയൽ എന്നുള്ളത് അക്കീതന്റെ വിലമാക്കമാർ കാരണം അഖീതന്റെ വിഷയം ആരുടെയെങ്കിലും ശ്രദ്ധ ആ ലാസിമായ കാര്യത്തിലേക്ക് പോയിട്ടില്ലെങ്കിലോ അവർ പാകപ്പെടുക അതുകൊണ്ട് അത് ശേഷം ഇനിയും പറയുന്നുണ്ട് ഏത് ബുജൂത് എന്ന് പറഞ്ഞതിന് ശേഷം കിതം വക്കാവ് വേറെണ്ടുന്നുണ്ട് അത് വാജിബുൽ വുജൂദാണെന്ന് പറഞ്ഞാൽ തന്നെ കിതവം ബക്കാവും കിട്ടിയില്ലേ ചിമ്പിന്റെ വയ്യനിയും പറയും തൗദിയൻ അത് വെളിവാക്കി പറയുന്നതിന്നെ അത് വലിയ ആളെ വാവിണ്ടക്കറ എന്നതിന് റിക്കുറി എന്നതിന്റെ അരിയിലല്ലേ താലിന് വേണം ഇതിന്റെ വാവ് അങ്ങന അപ്പൊ തോന്നിയ എന്നുള്ളത് അലിലാക്കണോ എന്നതിരക്കില്ല അത് ഉരുള്ളി അജിലിയാക്കുക ഹാരാക്കിയേ പറ്റൂലന്നല്ലോ അതിലും വാവുണ്ടല്ലേ ബാഴുദു അത് മായിച്ചു തിരിയാക്കണം ബാഴു എന്ന് പറഞ്ഞ മൂന്നാം രണ്ടും മൂന്ന് സിഫത്തിപ്പ ഒന്ന് ഗുജു ആ ഗുജു തന്നെ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിതവും ബക്കാളും അതിനാൽ ആദ്യമായി വന്നല്ലോ പിന്നെന്തി രണ്ടും മൂന്ന് സിഫത്തായത് കിതും ബക്കാൾ എണ്ണോ അതോ ബഹദൂ എന്ന് പറഞ്ഞ രണ്ടിലും മൂന്നിലും അത് സൗദിഹൻ അത് മസ്തീ അതിരിയാക്കുക എന്ന വലിയ അന്ന നത്തിഫ്റെ ആയാലുണ്ടാവും ഇല്ലത്തിന്റെ മുകളിലത്തെ സിഫാക്ക അത് വഴിവാക്കാൻ വേണ്ടിയുമാണ് മാത്രമല്ല വലിയന്ന ഉലമാൽ കലാം ഇൽമുൽ കലാമിന്റെ ഉലമാക്കള് ൂന അവർ മതിയാക്കുന്നതല്ല വി ദലാലത്തിൽ അതാകുമ്പോഴത് മൊത്താമൊക്കെ ദലാലത്ത് ഇൽത്തിസാമിന്റെ ദലാലിസാമിന്റെ ദലാലത്ത് കൊണ്ട് ഓർ മതിയാക്കൂല അത് എടുത്തിട്ട് വ്യക്തമായിട്ട് അന്നുകൂടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു സ്വഭാവമാണ് അക്കിതിന്റെ വിഷയം അതുകൊണ്ട് മറ്റെല്ലാവർക്കും അത്രത്തുള്ള ബുദ്ധിമുട്ടാണ് لا يا مرونتزمي ذا برنامج انت قال انا نقليا اذا الله يرنن للتعليل لما قبله والا لزمه ترضيه بالمرجحين انه وريني ورني ليه والا بام فرضه بوجو ويللا عليهن بام فرله وجود سنه من غير الصانع ويللا ن ورنا سانع الله بغند سنعتن داغمننس انقلتك ويانانقل ان الله شرطيّعي قلينا مقدم اليك سودين افضل شرطيّعي قليا وريع عدل مقدموان وإلا إلا الله وإلا نعتمنا ولو فرداء وجود سنعتن من غير سانعين ان الله دانو مقدم لذيما ترجيح بلا مرجح اينا تاليا ترجيح بلا مرجح ان الله باطلا അതുകൊണ്ട് മുക്കദ് മുമ്പാത്തിലേ താലിബാത്തിലായ മുക്കുമ്പാത്തിലാവും അത് അവതാലിക്കൽ മുസാവിൽ അദ്മി മുത്തിന്റെ എല്ലാം അദമുസാബിയാണ് അപ്പൊ തക്ദീമുൽ അല അൽ അദ്മി ഇവിടെ മൌജൂദായി കഴിഞ്ഞാൽ അദമിനെ അപേക്ഷിച്ച് വുജൂദിന്റെ ഭാഗം മുന്തിയിലേ അത് തറീമുൽ ലഹു വുരൂദിനെ മുന്തിക്കതാ അപ്പം ബഹുമലായ കുളി ഇല്ലാമുന്റെ മുറജിഹിൻ അത് മുറജൻ ഇല്ലാതെ ഉണ്ടായി തീരൂല എങ്ങനത്തെ മുറജിഹാകണം വാജിബുൽ വുജൂദായ മുറജിഹുണ്ടാകണം അത് അങ്ങനെ കൈതുകൊടുക്കുന്നു ലൌഖാനിൻ മുക്കും ഷർസിയാ കെ മുക്കദ് ആ മുറജിഹുണ്ടല്ലോ വാജിബുൽ വജൂദല്ലാത്ത മറ്റൊരു മുങ്കിനാന്ന് നോക്കാം മറ്റൊരു മുൻകിൻ ആ മുങ്കിന് ആദ്യം മുസാഫാത്തിൽ നിന്ന് ധർദിയിലേക്കൊണ്ട മറ്റൊരു മുറജി കൊണ്ടിരുന്നു അവരുടെ അസ്വൽസ് അങ്ങനെ പോകുമല്ലോ അച്ഛൻ തീരുവല്ല ലക്കാനഹാദിസൻ അത് ഹാദിസാകേണ്ടി വരും അതാണേത് അതിന്റെ താലി വലവുക്കാനഹാദിസൻ താലിയെ കുറിച്ച് മുക്കട്ടമാക്കി തന്നെ നോക്ക് ഹാദി ചാവുകയാണെങ്കിൽ ലഫ്തക്കറയിലൊഹീസിൻ മറ്റൊരു മൊഹദീസിലേക്ക് ആവശ്യമാണ് അത് മുറിഞ്ഞു വേണ്ടേ അപ്പോ അത് ശ്രദ്ധിക്കാൻ കയ്യാ വലവുക്കാനാദിസൻ ലഫ്തക്കറയിലൊഹീസിൻ അങ്ങനെ വരുമ്പോൾ പയലിസം ദൌറു അവി തസ്സൽസു ഒന്നിക്ക് ദൌറു വേണം അല്ലെ തസ്സൽസുരണം ദൌറുന്ന് പറഞ്ഞാലും പറഞ്ഞില്ലേക്കെന്നെ തിരിച്ചെത്തുക തസൽസുലെന്ന് പറഞ്ഞാൽ അങ്ങനെ കയറി കയറി കയറി അച്ചില്ലാതെ പോകാൻ അറ്റാണി കത്താതെ കണ്ടങ്ങനെ കൊണ്ട് പോവുക ബഹുവ മൊഹാലൻ ദൌറാൻ തെരക്കുള്ള തസ്ലുസുലായുള്ള രണ്ടു മൊഹാല ആ മൊഹാലായപ്പോൾ പക്കതാ അപ്രകാരം തന്നെ മൊഹാലായി മാ ഈ ദൗറിലേക്കോ തസൽസുരിലേക്കോ നമ്മൾ എത്തിക്കുന്ന കാര്യമാകുന്ന മുഖദ്ദമുണ്ടല്ലോ ആ മുഖദ്ദമ എന്തായി അതുപോലെ മൊഹാലായി മാറിയും എന്താണ് ഈ സാധനത്തിന് ഉണ്ടാക്കിയത് ഇതിനുണ്ടാക്കിയത് ഇതിനുണ്ടാക്കിയത് അങ്ങനെ കൊണ്ട് പോകുമല്ലോ റസോസുരി അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കണം ഈ കഞ്ഞി വേണ്ടി ഈ സാധനത്തിന് ഇതുണ്ടാക്കി നോക്കണം തിരിച്ചിട്ടേക്ക് അപ്പൊ ഈ സാധനത്തിന്റെ ഉരൂതിന്റെ മുമ്പ് ഈ സാധനത്തിന് ഉജൂതിൻ താണെന്ന് നിൽക്കുക ഇത് അലിമാ മർബെന്ന് പറഞ്ഞ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആലം ഹാദിസാണ് എന്ന് പറഞ്ഞ തക്കറിൽ നമ്മുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടത് ഇത് അലിമാ മർബ മിന്നബു ഹാദിഫെന്ന് വഹിദ അലിം തബിദിമുർ വഹിദ അലിം തന്നെ കൂട്ടിക്കൊടുത്തതിനാ ഫാറ്റബരി എന്ന് പറഞ്ഞ ഫാൾ ഉണ്ടല്ലോ ഈ ഫാൾ കറക്റ്റ് കൊടുക്കാനാ ഒരു ചർച്ച ഇല എന്ന കൌലി ഫാറ്റബിർ എന്നുള്ളത് ജവാബു ഷർത്തി മഹദൂഫിൻ ഒരു കളയപ്പെട്ട ഷർത്തിന്റെ ജവാബാണ് എന്നറിയിക്കാനാണ് വൈലാലിന്ത കൂട്ടിയത് ദക്കായിക്കിൽ ഹെക്കമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹെക്കിമത്തിൽ നിന്ന് വളരെ ദക്കൈക്കായത് അപ്പൊ ഹിക്കുമത്തിന്റെ സിഫത്താണേത് ദക്കായിക്ക് അപ്പൊ സിഫത്തിന്റെ മോസൂഫിലേക്ക് ലാഭത്തായി ദക്കായിക്കുൽ ഹിക്കം ജവാമി അന്തിന് അർത്ഥം മനുഷ്യനെ അജബിലാക്കി തീർക്കുന്ന അന്യാദൃശ്യമായ അത്യത്ഭുതകരമായ ചില അസുറാറുകൾ ഇതിനുള്ളിൽ കാണാൻ കഴിയുമോ ശാസ്ത്രീയമായ വളരെ കണ്ടുപിടിത്തി കാണുന്നേ പിന്ന എങ്ങനെയുള്ള സാനി ആയിരിക്കണം അൽ വാജിബുൽ അല്ല തിജൂതു വാജിബുൻ എന്നാണ് അർത്ഥം അവന്റെ വുജൂതു വാജിബായിരിക്കണം ലായക്കബുൾ ഇന്ദിഫ അസുലൻ ഒരു കാരണത്താലും ഇന്ദിഫാനെ സ്വീകരിക്കാത്തത് നമുക്ക് ഇവിടെ കിടക്കുകയെ പറയൂ അസുലൻ എന്ന് പറഞ്ഞാൽ ലാസാബിക്കൻ മുമ്പും അപ്പൊ തന്നെ ഒഴികെ കിടമുണ്ടായിരുന്നു വലാരായക്കൻ ശേഷവും എന്ന് പറഞ്ഞാൽ ബക്കാവുണ്ട് അപ്പം വർത്തമാനം ഭൂതം ഭാവി എല്ലാ കാലത്തും ഈ ഊജിപ്പ് നിലക്കുന്ന പിന്നെ അൽ മാലിക്കാണ് എന്ന് കിട്ടുന്നിങ്ങനെ വണ്ടി ഒരു കുളിയുണ്ടോ ആ എല്ലാം ചെയ്തല്ല മുത്തഹി അവന്റെ പടപ്പുകളിൽ അവൻ ഇഷ്ടാവാൻ എസ്സാണ് കൈകാര്യം ചെയ്യുന്നവനാണ് അപ്പൊ എല്ലാത്തും തന്നെ വില്ലത്തുന്ത പറയുന്ന അവസരത്തിൽ അത് ഓർക്കാപ്പുറത്തുണ്ടാകുന്നതിൽ അതിലുണ്ടാകാൻ പാടുള്ളൂ ഇവ എനിക്ക് ഉദ്ദേശിച്ച പോലെയാകണ്ടേ അപ്പം എല്ലാ ദസപ്രുഭാത്തിന്റെ വിഷയത്തിൽ വന്ന പടപ്പുകളിലും എനിക്ക് പരമാധികാരമുണ്ട് എന്നാണ് അൽ അർത്ഥം അതെ ദസപ്രഭാത്തിന്റെ എല്ലാ ഇനങ്ങളും പുരുഷനാക്കേണ്ടവൾ പുരുഷനാക്കണം സ്ത്രീയാക്കേണ്ട സ്ത്രീയാക്കണം പണക്കാരനാക്കേണ്ട പണക്കാലിനാക്കണം ജമാക്കേണ്ടതാണ് ജമാതാക്കണം അതിന്റേതായ അധികാരമുണ്ടല്ലോ അൽ മൂദാണ് അൽ മുസ്തഹക്കലിൽ ഇബാദത്തി മറ്റുള്ളവരുടെ ഇബാദത്തിന് അവൻ അവകാശിയാണ് അതെല്ലാ സിബത്തിന്റെയും കൂടെ മജിമ ആകരുത് പിന്നെ അൽ കാതിർ എന്ന് പറഞ്ഞാൽ മൗസൂഫിമിൽ കുതിരത്തി താമത്തി സമ്പൂർണമായ കുതിരത്ത് കൊണ്ട് മൗസൂഫാണവൻ അതിനെ സമ്പൂർണ്ണം എന്ന് പറയാൻ കാരണം നമ്മൾക്കും താൽക്കാലികമായ കുതിർത്തി നമുക്കുണ്ടല്ലോ നൈമിഷ്ഠികമായ കുതിരക്ക് അപേക്ഷികമായ ചെറിയ കുതിരത്ത് ഞമ്മക്കില്ലേ അതല്ല ഉദ്ദേശിക്കുന്നു അങ്ങനെ പറയാല കാതിരും അല്ല പുല്ലിയും ഉച്ചക്കിക്കും വിശക്കിക്കുന്നല്ലേ ഏറ്റവും തർക്കം കൊണ്ടും അവലവീ കൊണ്ടും കൊണ്ടൊക്കെ ആ മന്ത്രിക്കലാണ് പഠിച്ചു പറഞ്ഞ് അതിന്റെ തൊണ്ടമുട്ടിക്കുന്നല്ലൊരു ഫലുമില്ലേ കുല്ലിയും ഉച്ചക്കിക്കാതെ കാതിരുന്നല്ലേ ചെറിയ കുതിരത്തുണ്ടാക്കും കാതു പറയാം വലിയ കുതിരത്തലുണ്ടാക്കും കാതിരുന്ന പണ്ടേ ഉള്ള കഥിയുമായ മുതിർത്തം എനിക്ക് മുതിർത്തുന്നുണ്ടെന്ന് പറയാ ഇപ്പം മിഞ്ഞ എനിക്ക് മുതിർത്തുണ്ടെന്ന് പറയാറത്തു ആ വാക്കിൽ നിർത്തിയാറ് കൊണ്ട് അവൻ പ്രവർത്തിക്കുന്നവനാണ് ലാബിലില്ലത്തി വലാഭിത്തേ തവരുകൊണ്ടുമല്ല ഇല്ലത്തു കൊണ്ടുമല്ല അത് മൂക്കറ ആ രണ്ടു പാട്ടിനെ വല്ലാണ്ട് എതിർക്കും മത്സരം കാപ്പം നല്ലോണം ലഹനത്തും പോയി കുറവതാണല്ലോ എല്ലാ സ്വന്തം പറയുന്നത് അപ്പൊ ചെയ്യാറുണ്ടാവൂലിയാറില്ല അറിയില്ലാതെ കണ്ട് ഓർക്കാ പുറത്ത് സ്ഫോടനാത്മകമായി ഉണ്ടാകില്ല സ്ഫോടനാത്മകമായി ഉണ്ടാകില്ല അൽ വധൂദ് വധൂത് എന്ന് പറഞ്ഞാൽ അൽ മൊഹിബുലി അവന്റെ അടിമകഥയെ അവൻ സ്നേഹിക്കുന്നവനാണ് അതുകൊണ്ടാണ് അത് ഇത്തരം ധർമ്മ മാത്രമല്ല അപ്പോൾ ഓട്ടോമാറ്റിക് ആയിരുന്നില്ല അന്ന് നിങ്ങോട്ടും സ്നേഹം ഉണ്ടാവും ബുദ്ധിജീവികളെല്ലാം ഒരു അതാണ് അൽ മഹബോബി ലഹും വധു രണ്ടു അടിമകളെ അങ്ങോട്ട് സ്നേഹിക്കുന്നു അർത്ഥം പക്ക അടിമകളിൽ നിന്ന് സ്നേഹം ആർജിക്കുന്നവൻ എന്നു അർത്ഥം പക്ക രണ്ടർത്ഥം കൊടുത്തിട്ടാണ് ഇന്ന് അങ്ങോട്ട് അങ്ങ് ഇങ്ങോട്ടും അൽ മഹബോബി ലഹു വൽ അൽ എന്ന് പറഞ്ഞാൽ മൻസില ത്തിൽ മക്കാനി മൻസില കൊണ്ടുള്ള ഉന്നതിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇറാഹിന് പ്രത്യേകമായ ഉന്നതി അതാ സറഫ് സറഫ് കൊണ്ടുള്ള ഉന്നതില്ലാണ്ട് മക്കാനും കൊണ്ടുള്ള ഉന്നതില്ലേ പേൻ്റെ നമ്മളിനക്കണ മേലെയാന്ന് പറഞ്ഞാൽ ഏത് മക്കാന്റെ ഉന്നതി ചെലപ്പോ എന്താ അതിനക്കണ മേലും അത് താൻ വിട്ടു മേലെ കട്ടിലെ കൊണ്ട് കേറിയ പേൻ്റെ കല്ലടികയില്ലേ മക്കാൻ പറ്റൂല എന്ന് പറയാൻ കാരണം ഇസ്ലാലി അലൈ മക്കാൻ എന്നുള്ള ഉന്നതി അമ്മാവത്താലാക്ക് പറയുന്നത് എന്ന് പറഞ്ഞാൽ അയൽ മൗസൂഹിമിൽ അലമത്തിമൊണ്ടും ജലാലുകൊണ്ടും അവൻ വസ്ഫോറിയപ്പെടുന്നവനാണ് എല്ലാ ഉന്നതി കൊണ്ടും എല്ലാ ജലാലത്തു കൊണ്ടും വസ്ഫറിയും അതെന്നെ അലൽ അതേക്കത്തെ അതേക്കത്തായ രീതിയിൽ അതിനാ ബീസ് അല്ല അലി വസമ്മ തങ്ങൾക്കും പറയാല് അലമത്തുണ്ടെന്ന് പടപ്പുകളെ അപേക്ഷിച്ച് അലമത്തുണ്ടല്ലോ ജലാലത്തും ഉണ്ടല്ലോ പക്ഷെ അത് അള്ളാഹുലിക്ക് ചേർത്തിട്ടല്ലാത്ത അത് അലൽ ഹീഫത്ത് എന്ന് പറയും മറ്റുള്ളവരെ കൂടാതെ മറ്റൊരുത്തനും ഹട്ടീഫത്തിന്റെ മേലായിട്ട് അലീം എന്ന് പറയാൻ പറ്റൂല അൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇൽമ കൊണ്ടോ സോബ് നർത്തം അങ്ങനെ താമ നെയ്തുകൊടുത്തു നമ്മക്കൊണ്ട് അപേക്ഷികമായ ചെറിയ ഇൽമൊമാ ഓത്തിൽ ഇൽമ ഇല്ലാത്ത കളിയിലാണെന്നെ സംബന്ധിച്ചില്ലേ കൊറച്ചക്കെ ഇമ് നീങ്ങ കൊണ്ടുവന്നു പക്ഷെ നമ്മളെ ഇൽമെന്ന് പറഞ്ഞാൽ അപ്പൊക്കെ ഉണ്ടാകുന്ന ചെറിയ തല്ലൊക്കെ ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ കൊറേ അപ്പുറത്തേക്കുള്ള ഭാവിയെ സംബന്ധിച്ച് വരാൻ പോകുന്ന ഭാവിയെ സംബന്ധിച്ച് നമ്മളെ ഇൽമ തല്ലു കൈക്കൊള്ളുന്നില്ല ഒരളവോടെത്തിയാൽ അതിന് താലിലേക്ക് മുറിഞ്ഞു പോകും മാളിയായ ജമാലിലേക്ക് ചേർത്തിയൊക്കെ കുറെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ താലിലേക്ക് മുറിഞ്ഞിട്ടുണ്ടാവും നോൺ ഇൽമഅ അത്രത്തോളം പോകില്ല അപ്പം വാജിബാത്ത് ജായിസാത്ത് മുസ്തഹിദാത്തോടെ എല്ലാ നിലക്കും ഒരു ധമാലിന്റെ കഴിഞ്ഞ ആ നിലക്ക് ബന്ധപ്പെടുന്ന താമമായ ഇൽമ അമ്മാവസ്ഥാലൊക്കെ ഉള്ളു പിന്നൽഅൽ ഹിക്കുമത്ത് കൊണ്ട് മൗസൂഫാണ് ഇൽമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഹെക്കുമത്ത് ഉണ്ടായിക്കൊള്ളന്നില്ല എൽമും കുതിരത്തും ഉണ്ടായ ഒരു സാധനം അങ്ങനെയാക്ക എങ്ങനെയാക്ക രണ്ടിനും കൈ കൊണ്ട് എങ്ങനെയാ വേണ്ടത് എങ്ങനെയാ വേണ്ടത് രണ്ട് അവസ്ഥയിൽ നിന്ന് ഒന്നിനെ തർജിയാക്കിയിട്ട് ഒരു പ്രത്യേക രീതി വേണം അല്ലാത്ത പക്ഷം എന്ന് പറയണമെങ്കിൽ എന്തുവേണം അവിടെ ഹെക്കുമത്ത് വേണം വിക്കുമതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക ഘടനയെ ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നു നാടൻ വാഷി പറഞ്ഞ ഈ ബസിന്റെ ഡോറ് ഏത് വെള്ളം വയ്ക്കുക ഇന്ന് വിജയഗിരി ഈടെ വെക്കുക ഇവിടെ വെക്കുക ഫ്രണ്ട് മുമ്പാ ത ഇത് ഫിറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈടെ വെക്കാനും മൊഴുകി ഒഴിവുണ്ട് ഈടെ വെക്കാനും മൊഴിക ഒഴിവുണ്ട് ഈടെ തുറന്നിട്ട് വെക്കാനുള്ള ഇൽമുണ്ട് ഈടെ വെക്കാനുള്ള ഈ രണ്ട് സാഹചര്യത്തിൽ ഈനെ തള്ളിയിട്ട് ഈനെ മുന്തിക്കാനുള്ള കാരണതാ അത് ഹിക്കുമത്താണ് ഇതിലില്ലാത്തൊരു ഹിക്കിമത്ത് ഇവിടെയുണ്ട് ഇങ്ങനെ ഡോറ് ഇങ്ങനെ തുറക്കൽ ഇങ്ങനെയാണ് ഇങ്ങനെ തുറക്കുമ്പോ മണ്ടി മുന്നോട്ട് ഫോളോ ചെയ്യുമ്പോൾ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കും കാറ്റത്തിന്റെ ശക്തിയുണ്ട് അടക്കാനാട്ടം മറന്നുപോയി ആദർശികമായി തുറന്നു പോയെങ്കിൽ പരിസരത്തിൽ ആളെല്ലാം കോരിക്ക് കൊണ്ടുപോകും ഇങ്ങനെ വരും നേരെ മറിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോണയുമ്പോ ഓട്ടോമാറ്റിക്കായി വായിൽ അടക്കാം ആരും കൊട്ടിയടച്ചിട്ടില്ലെങ്കിലും വന്ന് ഇങ്ങനെ ആക്കി അങ്ങനെ അടക്കാൻ കഴിയും ഇനി അല്ലെങ്കിൽ തന്നെ ഒതുങ്ങിയിട്ട് ഇങ്ങനെ പോയിക്കോളും ഇങ്ങനെ ആ ഒരു ഇക്കുമത്ത് വെച്ചാണ് ഇവിടെ തന്നെ വിറ്റ് കാരണം എന്ന് ഞാനും അറിയാലോ ഉദർത്തി രണ്ടിനും പറ്റൂ ഇൽമി രണ്ടിനും ഉണ്ട് പക്ഷെ ഹിക്കിമത്താണ് ആ ഭാഗത്തേക്ക് മുൻതൂക്കം കൊടുക്കുന്നത് അതിൽ ഓരോ കാര്യത്തിനും ആലോചിച്ചു പിടിച്ചോ ഇവിടെ ഇങ്ങനെ ആക്കി എന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ടാക്കിയില്ല ഹിക്കിമത്തിൽ കുറേ മറുപടി ഉണ്ടാവില്ല അതാണ് ഹിക്കിമത്ത് എന്ന് ആ ഇത് എല്ലാ വസ്തുക്കളെയും അതിന്റെ ഇത്തക്കാനാക്ക അതിന്റെ മട്ടം പോലെ ആക്കൽ എന്ന് അറിയില്ല അല്ല വജിയില്ല താൻ ആ സുഭവ് ഓരോന്നും മൊനാസഭത്തായ വജികൾ കൊടുത്തി ഇന്ന രീതിയിലാക്കിയതിന് മൊനാസഭത്തുള്ളൂ എന്ന് ഞാൻ പറയാനുള്ളത് ഉദർത്തതിനായി കിടക്കൂ അടുത്തു വരുന്നു